ദൈവത്തിന് സ്തോത്രം ഈ പ്രാവശ്യത്തെ ബൈബിൾ ക്ലാസിന്റെ വിഷയം യസ്തേറിന്റെ പുസ്തകമാണ് എന്ന ആ പുസ്തകം അത് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അതിനെക്കുറിച്ചുള്ള വ്യാഖ്യാന ഗ്രന്ഥങ്ങളൊന്നും തന്നെ ഇല്ല വലിയ വ്യാഖ്യാനം വേണ്ടാത്തോണ്ടായിരിക്കാം അതിനെക്കുറിച്ച് ആരും ആരും തന്നെ പുസ്തകങ്ങൾ എഴുതിയിട്ടില്ല വേദപുസ്തകത്തിലെ മറ്റു പല പുസ്തകങ്ങളെക്കുറിച്ചും അവരുടെ വിശാലമായ വിശദമായ പഠനങ്ങളുണ്ട് യസ്തേറിന്റെ പുസ്തകത്തെക്കുറിച്ച് പഠനമില്ല ഞാൻ അപ്പോൾ അതുകൊണ്ട് ഓർത്തു യസ്തകറിന്റെ പുസ്തകം തന്നെയായിരിക്കട്ടെ ഈ പ്രാവശ്യത്തെ പഠന വിഷയം യസ്തകറിന്റെ പുസ്തകം ഒരു ചെറിയ കഥാപുസ്തകമാണ് ഒറ്റ വായിച്ചു തീർക്കാം രൂത്തിന്റെ പുസ്തകം പോലെ നല്ല രസമുള്ളൊരു കഥ ചിലപ്പോൾ നാം ആവേശം കൊള്ളും ഇന്ദ്രാണെന്നറിയാമോ നാം ദൈവം എന്നൊരു വാക്കിതിൽ കാണുകയില്ല പക്ഷേ ദൈവത്തിന്റെ വഴികൾ കണ്ടത് അത്ഭുതപ്പെടും ദൈവം എന്ന ഒരു പദപ്രയോഗമില്ലാത്ത ഒരേ ഒരു പുസ്തകം എസ്തേറിന്റെ പുസ്തകമാണ് ദൈവം കാണുകയില്ല അതുകൊണ്ട് പണ്ട് വേദപണ്ഡിതന്മാർ പറഞ്ഞു ഇത് കാനൂനികമായി സ്വീകരിക്കാൻ പറ്റില്ല ദൈവത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് ഇത് ബൈബിളിൽ നിന്ന് മാറ്റം ചെയ്യേണ്ട പുസ്തകമാണെന്ന് പോലും വാദിച്ച പണ്ഡിതന്മാരുണ്ട് പക്ഷേ ഇതിൽ നിറയെ ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ കൈകളും ദൈവത്തിന്റെ പ്രവർത്തനവുമാണ് കാണുന്നത് പ്രകടമായി ദൈവം എന്ന് പറഞ്ഞിട്ടില്ല പക്ഷേ ദൈവത്തിന്റെ കരുതൽ ഇതിനകത്ത് കാണാം പ്രാർത്ഥിക്കുന്നവരുടെ നേരെ കരുണചൊരിയെന്ന ദൈവത്തെ ആണ് ഈ പുസ്തകത്തിൽ കാണുന്നത് ഈ പുസ്തകത്തിന്റെ ആഗമാന സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ആഗമാന സന്ദേശം യാതയും കഷ്ടതയും എതിർപ്പുകളും ശക്തമായ ആക്രമണവും വരുന്നത് ഏറ്റവും നല്ലത് അത് ഉത്സവത്തിന്റെ മുന്നോടിയാണ് എന്താണ് പറഞ്ഞത് കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മറ്റുള്ളവരിൽ നിന്നുള്ള കുത്തിരിപ്പുകളും എതിർപ്പുകളും ആക്രമണങ്ങളും വരുന്നത് അത് വരാൻ പോകുന്ന ഉത്സവത്തിന്റെ മുന്നോടിയാണ് എസ്തർ എന്ന ഈ പുസ്തകത്തിൽ അവസാന അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു ഉത്സവത്തെക്കുറിച്ച് പറയും പെരുന്നാള് ഒരു വലിയ പെരുന്നാള് പൂരീം എന്നൊരു പെരുന്നാള് അത് യഹൂദിന്റെ ഒരു പെരുന്നാളാണ് ഈ പെരുന്നാൾ ഉണ്ടാകാൻ കാരണം ഈ വലിയ ഫെസ്റ്റിവൽ ഈ വലിയ ഉത്സവം ഉണ്ടാകാൻ കാരണം അതിന് കാരണം കടുത്ത ദുരിതം കനത്ത ആക്രമണം ഭീകരമായി വിപത്ത് ചിന്തിക്കാൻ വയ്യാത്ത സമൂഹം മുഴുവനായി അപകടത്തിൽപ്പെടുന്ന മഹാവലിയ വിരാശം അത് വരാൻ പോയി എന്നുള്ളതാണ് ഈ ഉത്സവം ഉണ്ടാകാൻ കാരണം ഇപ്പൊ നിങ്ങൾക്ക് ഓർക്കാം എന്തുകൊണ്ടാണ് പെസഹ പെരുന്നാളുണ്ടായത് പെസഹ ഉണ്ടായത് എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ എന്തുകൊണ്ടാണ് പെസക ഉണ്ടായത് പെസഹ പെരുന്നാളുണ്ടാകാൻ കാരണം ഫറോരാജാവിന്റെ കീഴിൽ അടിമപ്പടി ചെയ്ത് ദുരിതമനുഭവിച്ച് വലഞ്ഞുപോയ ജനത്തിന് വന്ന കനത്തി ആഘാതങ്ങൾ ഇസ്രായേൽ ജനത്തിന് വന്ന കൊടിയ പീഡകൾ ഇതൊരു സന്ദേശം നമുക്ക് തരുന്നുണ്ട് എന്താണ് ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ താങ്ങം പീഡകൾ വരുന്നുണ്ടോ എവിടെ നിന്നെങ്കിലും ചിലപ്പോൾ സ്വന്തം കുടുംബത്തിൽ നിന്നാകാം ചിലപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്നാകാം ചിലപ്പോൾ നിങ്ങളുടെ പള്ളിയിൽ നിന്നാകാം സഭയിൽ നിന്നാകാം സമൂഹത്തിൽ നിന്നാകാം ഒരുപക്ഷേ നിങ്ങളുടെ ബന്ധുമിത്രാദികളിൽ നിന്നാകാം നിങ്ങൾക്ക് താങ്ങാൻ വയ്യാത്ത എതിർപ്പുകളും പോരാട്ടങ്ങളും അപമാനങ്ങളും അവഹേളനങ്ങളും നിന്ദനങ്ങളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും സഹിക്കാൻ വയ്യാത്തിയ ആക്രമണങ്ങൾ നിങ്ങൾക്ക് വരുന്നുണ്ടോ വലിയൊരു ഫെസ്റ്റിവൽ പിന്നാലെ വരുന്നു സ്ത്രോത്രം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവില്ല വലിയൊരു ഉത്സവം വരുന്നതെന്ന് തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കൂ ഇപ്പോൾ പാടിയ പാട്ടങ്ങനെയാണല്ലോ ഈ കഷ്ടങ്ങളൊക്കെയുണ്ട് എന്താണ് കഷ്ടപ്പാടിൻ വേളകൾ ദുരിതത്തിന്റെ സമയങ്ങൾ പക്ഷേ കർത്തവ് ഒന്നും സംഭവിക്കുന്നില്ല ലോകചരിത്രത്തിൽ നിന്ന് നോക്കിക്കൊള്ളൂ ആരെല്ലാം വളർന്നിട്ടുണ്ടോ കൊടിയ യാതനകളിൽ കൂടി കടന്നുപോയവരാണ് ആരെല്ലാം ഉയർന്നിട്ടുണ്ടോ തങ്ങാൻ വയ്യാത്ത വിപത്തുകളെ അതിജീവിച്ചവരാണ് ദൈവത്തിന സ്തോത് ആത്മീയരംഗത്തും അതേ ഭൌതികരംഗത്തുമതേ എവിടെയും നിങ്ങൾക്ക് ഇതുവരെയും കൊടിയ യാതനകളുണ്ടായിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ശാരീരിക യാതനകളാകാം അല്ലെങ്കിൽ മാനസിക പീഡകളാകാം ഇതുവരെ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പറയണം കർത്താവെ യാക്കോവിന്റെ തുടയുടെ തടംതൊട്ട കരം എന്നെ തുടരണമേയെന്ന് ടംതൊട്ടു യാക്കോവിന്റെ തുടയുടെ തടം തൊട്ടതിന് ശേഷം പിന്നെ യാക്കോവിനെ കണ്ടാൽ തിരിച്ചറിയാം ആർക്കും തിരിച്ചറിയാം സമൂഹത്തിൽ യാക്കോവ് നടന്നു പോകുമ്പോൾ എല്ലാവർക്കും മനസിലാകും അത് യാക്കോവാണ് ആരാ യാക്കോവിന്റെ തുഴയുടെ തടം തൊട്ടതു പോലെ മുടന്തിയാണ് നടക്കുന്നത് ചടന്തിയാണ് നടക്കാൻ വയ്യ തിരിച്ചറിയാം പ്രിയപ്പെട്ടവരെ ചില ടയാളങ്ങൾ ജീവനുള്ള ക്രിസ്തു തൊട്ടതായ ചില അടയാളങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചില പീഡകൾ നിങ്ങൾക്ക് വന്നെങ്കിൽ ചില ദുരിതങ്ങൾ നിങ്ങൾക്ക് വന്നെങ്കിൽ സകലരെ നിങ്ങൾക്കെതിരായെങ്കിൽ സകലരെ നിങ്ങളെ വെറുക്കുന്നെങ്കിൽ എല്ലാവരും നിങ്ങളെ പവയ്ക്കുന്നെങ്കിൽ അടുത്തുവരുന്നു വലിയൊരു ഉത്സവം അടുത്തു വരുന്നു വലിയൊരു ഫെസ്റ്റിവൽ എങ്ങനെ വരുന്നത് യാക്കോവ് ജീവനുള്ള ദൈവത്തെ തിരിഞ്ഞ് എന്നെ അനുഗ്രഹിച്ചല്ലാതെ നിന്നെ വിടുകയില്ല എന്ന് പറഞ്ഞു ആ നിർബന്ധത്തോടുകൂടിയുള്ള പ്രാർത്ഥനയാണ് യാക്കോവിന്റെ ജീവിതത്തിലെ വഴിത്തിരിവ് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ വിടുകയില്ല യാക്കോവ് പൊരുതിയെന്നൊക്കെ ദൂതനോട് പൊരുതിയെന്നാ പറയുന്നത് എന്താ ഈ പൊരുതിയത് ദൂതിനോട് യുദ്ധം ചെയ്തു എന്താ യുദ്ധം പ്രാർത്ഥനയുടെ യുദ്ധമാണ് പ്രാർത്ഥന യുദ്ധം ഹോസയ്യ പ്രവാചന അത് പറയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഹോസയ്യ പ്രവാചന പുസ്തകം പന്ത്രണ്ടാം അധ്യായം മൂന്നാം വാക്യം മുതലേ അവൻ ഗർഭത്തിൽ വെച്ച് തന്റെ സഹോദരന്റെ കുലികാൽ പിടിച്ചു തന്റെ പുരുഷപ്രായത്തിൽ ദൈവത്തോട് യുദ്ധം ചെയ്തു അവൻ ദൂതനോട് പൊരുതി ജയിച്ചു ദൂതനോട് പൊരുതി ജയിച്ചു ഏതാ ഈ പൊരുതല് ഈ യുദ്ധം എന്താണ് അവൻ കരഞ്ഞ് അവനോടപേക്ഷിച്ചു അതാണ് യുദ്ധം കരഞ്ഞ് ദൈവത്തോടപേക്ഷിച്ചു കരഞ്ഞപേക്ഷിക്കുന്നതാണ് യുദ്ധം ദൈവസന്നിധിയിൽ കരഞ്ഞപേക്ഷിച്ചു യസ്തകറിന്റെ പുസ്തകത്തിന്റെ പാഠവും അതുതന്നെയാണ് ദൈവസനധി കരഞ്ഞപേക്ഷിക്കുന്നോ നീ തന്നല്ലാതെ രക്ഷയില്ല കർത്താവേ നീ അനുഗ്രഹിച്ചല്ലാതെ എനിക്കൊരു ഗതിയില്ല കർത്താവേ എന്റെ ദൈവമേ നീ എന്നോട് മനസ്സിൽ നീ യാക്കോവ് പറഞ്ഞു എന്നല്ലാതെ ഞാൻ നിന്റെ വിടുകയില്ല യാക്കോവിന് എല്ലാം തിരിച്ചടികളായിരുന്നു എല്ലാം തിരിച്ചടികൾ യൌന പ്രായത്തിൽ തന്നെ വീട് വിട്ട് ഓടേണ്ടി വന്നില്ലേ സ്വന്തം വീട് വിട്ട് മരണഭയത്തോടെ ഓടേണ്ടി വന്നില്ലേ നീ വീട്ടിൽ പുറത്തിറന്നൂർ നാഴിയാ ദൂരെയുള്ള അമ്മാവന് വീട്ടിൽ ചെന്നിട്ടോ അവിടെ ജീവിച്ച കാലം ഒരു വേലക്കാരനെ പോലെ ജീവിച്ചു മരുമോനായി തീർന്നിട്ടും വേലക്കാരനെ പോലെ ജീവിച്ചത് സ്വന്തം അർഹതപ്പെട്ട അവകാശങ്ങൾ ഒന്നും കൊടുത്തില്ല വലഞ്ഞു വിഷമിച്ചു പക്ഷെ സഹിച്ചേ പറ്റൂ ജീവിതത്തിൽ യാതനകൾ എങ്ങനെയ്റ്റ് പെടയുകയാണ് ദുരിതങ്ങളേറ്റ് പെടയുകയാണ് നിങ്ങൾ ഭേദവാക്കൊക്കെ വായിക്കണം കേട്ടോ ഉൽപ്പത്തി പുസ്തകമൊക്കെ വായിച്ചാൽ നിങ്ങൾക്ക് നല്ല രസമാണ് നല്ല കഥകൾ പ്രത്യേകിച്ച് കുറച്ച് കുട്ടികളൊക്കെ ഈ കഥകളൊക്കെ വായിക്കണം നിങ്ങൾ വേറെയുള്ള ഈ പൈങ്കിളി കഥകളൊന്നും വായിക്കാൻ പോകരുത് ഈ ഉൽപ്പത്തി പുസ്തകത്തിൽ മറ്റുള്ള കഥകൾ യാക്കോവിന്റെ കാര്യമൊക്കെയുണ്ട് യാക്കോവ് അവന്റെ ജീവിതത്തിൽ ദുരിതങ്ങളിച്ചു വലഞ്ഞു അവന്റെ അമ്മാവനവനെ ചതിച്ചു യാക്കോവ് അന്നേരം ഒന്നും എന്തുകൊണ്ടാണ് അമ്മാവനെ ചതിച്ചത് അനീതിയെ കാണിച്ചു ജഴുതിയോ കെട്ടിച്ചു യാക്കോവ് ലേയെ കിട്ടിയത് റാഹേലിനെയാണെന്ന് വിചാരിച്ചോടുകൂടിയാണ് അനീത്തി പെണ്ണിനെയാണെന്ന് വിചാരിച്ച് യാക്കോവ് കല്യാണം കഴിച്ചത് ചേട്ടാണ് ചതിവല്ലേ അന്നേരം യാക്കോവ് ഓർത്തില്ല എന്തുകൊണ്ടെനിക്ക് ചതിവ് വന്നതെന്ന് ദൈവമക്കൾ ഓർത്തുകൊള്ളണം ജീവിതത്തിൽ ഓരോ കെടുതികളും വരുമ്പോൾ എന്തുകൊണ്ടാണ് എനിക്കിത് വന്നത് എനിക്ക് വല്ലതും ചിന്തിക്കാനുണ്ടോ എന്ന് നോക്കണം എനിക്കെന്താണ് ഇങ്ങനെ വന്നത് യാക്കോവ് അപ്പോൾ ചിന്തിച്ചില്ല ചിന്തിച്ചെങ്കിൽ മനസ്സിലായേനെ പ്രായമായി കണ്ണുകാഴ്ച കുറഞ്ഞ അപ്പന്റെ മുമ്പിൽ ചതിവ് ചെയ്തവനാണ് അപ്പനെ കൗളിപ്പിച്ചവനാണെന്ന് ഓർമ്മ വന്നേനെ അപ്പ ഞാൻ നിന്റെ ആദ്യാദിനേശാവെന്ന് പറഞ്ഞ ആ യാക്കോവിനെയാണ് അമ്മാവൻ സ്വന്തം മൂത്ത മകളെ കെട്ടിച്ചത് ഇളയങ്ങളെ കാണിച്ചിട്ട് അതേ രീതിയിൽ തന്നെയാണ് തിരിച്ചടി വന്നത് തിരിച്ചടി അപ്പോൾ ചിന്തിച്ച മതിയായിരുന്നു ഈ ഇതെല്ലാം മിഞ്ഞി മറയുകയാണ് യാവോക്ക് കടവെങ്കിൽ സ്തോത്രം വന്നുപോയ തെറ്റുകൾ ഓരോന്നോരോന്നിങ്ങനെ ഓർമ്മയിൽ തെളിയുകയാണ് അയ്യോ ഞാൻ എന്തൊക്കെയാ ചെയ്തു വെച്ചത് എന്റെ ഭർത്താവ് ഇനി അനുഗ്രഹിച്ചു വിടുകയില്ല ഈ പ്രാർത്ഥനയിൽ പോരാടി എന്നൊക്കെ പറയുന്നത് ജീവിതത്തിലേക്കുള്ള തിരിഞ്ഞോട്ടമാണ് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിരുന്ന് കരയുകയാണ് ഓരോന്നോരോന്നിരുന്ന് അവർ തനിത് എന്തൊക്കെയാണ് ചെയ്തു വെച്ചത് ചേട്ടനെയും കൗളിപ്പിച്ചില്ലേ വിശന്ന് ക്ഷീണിതനായി വരുന്നു യേശാവിനെ ചുവന്ന പായസം കാണിച്ച് വ്യാമോഹിപ്പിച്ച് മോഹിപ്പിച്ച് യേശാവ് മോഹിച്ച് അവന്റെ തെറ്റ് പക്ഷെ മോഹിപ്പിച്ച് യാക്കോവ് ജ്യേഷ്ഠാവകാശം കവർന്നെടുത്തില്ലേ എന്തെല്ലാം എന്തെല്ലാം വേണമെങ്കിൽ യാക്കോവിന് കഥയറിയാമായിരിക്കും അതൊരു പിന്തുടർച്ചയാണത് ഒരു പിന്തു തലമുറകളായി തുടർന്ന് വരികയാണ് അപ്പന്റെ അപ്പനായ അബ്രഹാം എന്നുണെ പറഞ്ഞു അപ്പനായ ഇസാഖ് എന്നു പറഞ്ഞു യാക്കോവ് എന്നുണെ പറഞ്ഞു എല്ലാം തിരിച്ചടി വരികയാണ് അപ്പൻറെ അപ്പനായ അബ്രഹാം എന്നോണെ പറഞ്ഞത് എന്റെ തിരിച്ചടി ഇപ്പോഴാണ് ബാബ്യാകോവിന് വരുന്നത് അബ്രഹാം എന്നോണെ പറഞ്ഞു വിശ്വാസികളുടെ പിതാവാണ് വിശ്വാസികളുടെ പിതാവായ അബ്രഹാം ഇത് എന്റെ പെങ്ങളാണെന്ന് സ്വന്തം ഭാര്യയെക്കുറിച്ച് പറഞ്ഞു അത് ഞാൻ വിശദീകരിക്കുന്നില്ല എന്റെ പെങ്ങളല്ലേ ആണ് തനു അമ്മ രണ്ട് ഇപ്പൊ പെങ്ങളല്ലേ പെങ്ങളാണ് ഇതെന്റെ പെങ്ങള് പകുതി നേരുണ്ട് ആ പകുതി നേരി വെച്ചുകൊണ്ട് ഒരർത്ഥ സത്യം പറഞ്ഞു പകുതി നുണയും പകുതി നേരും അടുത്ത തലമുറയിലേക്ക് വന്നപ്പോൾ അത് പിന്തുടരുക എന്താണ് ഇസാക്ക് അവിടെ രാജാവിനോട് പറയുകയാണ് അത് അത് റിബേക്കായ എന്റെ പെങ്ങളാണ് ശരിയല്ലേ അമ്മാവന്റെ മോള അമ്മാവിന്റെ മോളാണ് കസിൻ ആണ് എന്റെ പെങ്ങളാണ് പകുതി നുണയും പകുതി നേരും ഈ അപ്പന്റെ അപ്പനും അപ്പനും പറഞ്ഞ നുണയുടെ പിന്തുടർച്ചയാണ് മോന്റെ കരിയിൽ ഇരിക്കുന്നത് അതാ യാക്കോവ് പറഞ്ഞത് ഞാൻ നിന്റെ ആദിയാദന്യേശാവ് ഇസാക്കിനെ കവളിപ്പിച്ചു ആ യാക്കോവിനെയാണ് ലാഭം കൗളിപ്പിച്ചത് അമ്മായി അമ്മായിയപ്പൻ അല്ലെങ്കിൽ അമ്മാവൻ കവളിപ്പിച്ചത് ഓരോന്നോരോന്നും ചിന്തിച്ചു വരുമ്പോഴാണ് കാണുന്നത് ഇതെല്ലാം തിരിച്ചടികൾ വന്നത് ഓരോന്നോരോന്നോർത്തുള്ള അനുതാപമാണ് പൊരുതി എന്ന് പറയുന്നത് പ്രാർത്ഥന ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് അനുഗ്രഹം വേണമോ തിരിഞ്ഞു നോക്കി കരയണം തിരിഞ്ഞു നോക്കി അനുദിക്കണം നിങ്ങൾ ജീവിതത്തിൽ നടന്നുവന്ന ഓരോ ചുവട്ടടികളിലേക്കും തിരിഞ്ഞു നോക്കണം ഓരോന്നോരോ നിങ്ങളിങ്ങനെ നോക്കിക്കൊണ്ട് നടക്കണം അതാണ് ഏകാന്തത്തിലുള്ള പ്രാർത്ഥന എന്തൊക്കെയാണ് ഞാൻ വരുത്തിവെച്ചത് ആരെയൊക്കെയാണ് ഞാൻ വേദനിപ്പിച്ചത് ആരുടെ ഹൃദയത്തെയാണ് ഞാൻ വ്രണപ്പെടുത്തിയത് എന്റെ മരുമോളെ ഞാൻ എന്തോരം വേദനിപ്പിച്ചു ആ പാവം പെൺകുട്ടി അവളെ ഞാൻ എത്രമാത്രം ദുഃഖിപ്പിച്ചു എന്റെ അമ്മായിയമ്മയെ ഞാൻ എത്രമാത്രം വേദനിപ്പിച്ചു ആ പാവം ആ വൃദ്ധയായ സ്ത്രീയെ ഞാൻ എങ്ങനെ അവഗണിച്ചു എങ്ങനെ പുച്ഛിച്ചു എന്റെ ഭർത്താവിനെ ഞാൻ എത്രമാത്രം നൊമ്പരപ്പെടുത്തി എന്റെ ഭാര്യയെ ഞാൻ എന്തുമാത്രം ഹൃദയത്തെ വ്രണപ്പെടുത്തി കൈകൊണ്ടടിച്ചില്ലായിരിക്കും ഇല്ലായിരിക്കും അടിക്കുന്നവരുണ്ടല്ലോ ഞാൻ എന്തൊക്കെയാ ചെയ്തത് ഞാൻ എന്റെ മക്കളെ വാസ്ത സ്നേഹിച്ചോ ഒരു സ്വാർത്ഥ സ്നേഹമല്ലായിരുന്നു എനിക്കുണ്ടായിരുന്ന സ്നേഹം ഓരോന്നോരോന്നിങ്ങനെ കണ്ടുപിടിക്കണം ഓരോന്ന് കണ്ടുപിടിച്ചിട്ട് ദൈവസിലിരുത് കരയണം കർത്താവേ ഇതാ ഞാൻ ഇതെല്ലാം പെറുക്കിക്കൊണ്ട് കുരിശൻ ചൂട്ടിലേക്ക് വരികയാണ് ഈ പാണക്കെട്ടുകളും ചുമന്നുകൊണ്ട് ഞാൻ കുരിശൻ ചൂടിലേക്ക് വരികയാണ് കർത്താവേ നിന്റെ കാര്യം എന്നെ തുടരണം യാബോക്ക് കടവിന്റെ തീരത്ത് നിന്നുകൊണ്ട് യാക്കോവ രാത്രി മുഴുവനും പൊരുതി എന്ന് പറഞ്ഞാൽ എന്താണ് ആ രാത്രി മുഴുവൻ യുദ്ധം ചെയ്തുവരെങ്കിൽ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ എന്താണ് കഴിഞ്ഞകാല ജീവിതത്തിന്റെ ഏടുകൾ ഇങ്ങനെ തിരിഞ്ഞ് നോക്കുകയാണ് ഓരോന്നോരോന്ന് പരിശോധിക്കുകയാണ് ദൈവവൈദ്യ നിനക്ക് അനുഗ്രഹം വേണമോ നിനക്ക് ഫെസ്റ്റിവൽ വേണമോ നിനക്ക് ജീവിതത്തിൽ ഉത്സവം വേണമോ നിനക്ക് സന്തോഷത്തിന്റെ പ്രസരിപ്പ് വേണമോ ഇനിയും നല്ല കാര്യങ്ങൾ നിനക്ക് വേണമോ മകളെ നിനക്ക് കിട്ടും നീ തിരിഞ്ഞ് തിരിഞ്ഞ് പഴയകാല ജീവിതത്തിൽ ഓരോന്നോരോ നിങ്ങനെ എണ്ണി എണ്ണി നീ നോക്കണം ഓരോന്ന് കാണുമ്പോൾ ചിലപ്പോൾ നിനക്ക് ലജ്ജ വരും ചിലപ്പോൾ നിനക്ക് പരിഭ്രമം വരും ചിലപ്പോൾ നിനക്ക് ഭയം വരും ചിലപ്പോൾ നിനക്ക് അത്ഭുതം തോന്നും ഇതെല്ലാം ചെയ്ത മനുഷ്യനല്ലേ ഞാൻ എന്നാലെന്നെ ഈ ദൈവ സ്നേഹിക്കാൻ യോഗ്യത അങ്ങനെ സ്നേഹത്തെ കാണുമ്പോഴാണ് നിങ്ങൾ ഏങ്ങയടിക്കാൻ തുടങ്ങുന്നത് അപ്പോഴാണ് നിങ്ങൾ വീതും വിതുമ്പിക്കരയാൻ തുടങ്ങുന്നത് ഓരോരോ പാവങ്ങൾ ഓർമ്മ വച്ച കാലമുള്ള ജീവിതത്തിലേക്ക് നോക്കി നിങ്ങൾ ഓരോന്നോരോന്ന് കണ്ടെത്തി നിങ്ങൾ വീതും വീമ്പി കരയുന്നതാണ് ഈ ദൂദിനോട് എന്ന് പറയുന്നത് എസ്തറിന്റെ പുസ്തകത്തിൽ ഈ വലിയ പ്രാർത്ഥനയുടെ ശക്തി ഫെസ്റ്റിവൽ ആരംഭിക്കാൻ പോകുകയാണ് ഇന്ന് പകല് ഞാൻ വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് എന്റെ പ്രിയ സഹോദരങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾക്ക് തിരിഞ്ഞു നിന്ന് ഓർത്ത് അനുഭവിക്കാൻ എന്തെങ്കിലുമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇരുന്നിരുന്ന് ഓർക്കാം ഓരോന്നോരോന്ന് ചകഞ്ഞെടുക്കാം നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ പിന്നിലുള്ളതായ മനോഭാവത്തിന്റെ വൈകല്യങ്ങൾ നിങ്ങൾ കണ്ടെത്താം നിങ്ങളുടെ ഓരോ വാക്കുകളുടെയും പിന്നിലുള്ളതായ മനോഭാവത്തിന്റെ പോരായ്മകൾ നിങ്ങൾ കണ്ടെത്താം നിങ്ങൾ ഹൃദയത്തിലുണ്ടായിരുന്ന മുഷിച്ചില് നിങ്ങളുടെ മനസ്സിൽ ചിലരുണ്ടായിരുന്ന പരിഭവം ചിലരെ കുറിച്ചുണ്ടായിരുന്ന മുൻവിധി ചിലരെ കുറിച്ചുണ്ടായിരുന്ന അസൂയ നിങ്ങൾക്ക് ഉന്നതനാകണം പണക്കാരനാകണം ശ്രദ്ധിക്കപ്പെടണം ആദരിക്കപ്പെടണം ബഹുമാനിക്കപ്പെടണം എനിക്ക് ആളാകണം എന്നുള്ളതായ ആഗ്രഹം അതിന്റെ പിന്നിലുള്ളതായ സ്വയത്തിന്റെ വഞ്ചന അഹങ്കാരത്തിന്റെ ഭീകരത ഓരോന്നോരോന്നും നിങ്ങൾക്ക് ഓർക്കാം ഓരോന്നും ഓർക്കാം എണ്ണി എണ്ണി കണ്ടുപിടിക്കാം അതിനാണ് ഏകാന്തത്തിൽ എന്നുള്ള പ്രാർത്ഥന പറയുന്നത് തനിയേ ഇരുന്ന് പ്രാർത്ഥിക്കണം ദൈവത്തിന് സ്തോത്രണം ചോദിക്കട്ടെ നിങ്ങളാരും കൈവെക്കണ്ട നിങ്ങളാരും മറുപടി പറയണ്ട ഇതുവരെയുള്ള ജീവിതത്തിൽ അങ്ങനെ നിങ്ങൾ ആഗമാനമായൊരു അഴിച്ചുപണിക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ ആകമാനമായ ഒരു അഴിച്ചുപണി ആകമാനമായൊരു കഴുകല് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പതിനേഴാമത്തെ വയസ്സിൽ ഞാൻ മാനസാന്തരപ്പെട്ടു പതിനേഴാമത്തെ വയസ്സിൽ മാനസാന്തരപ്പെട്ടത് മുതൽ മുപ്പത്താറ് വയസ്സ് വരെയുള്ള പത്തൊമ്പത് കൊല്ലമാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചത് ഒരൊറ്റ ദിവസം പോലും വിശ്രമമില്ലാതെ ഓടണത് പ്രസംഗിച്ച പ്രസരിപ്പുള്ള കാലം നല്ല ആരോഗ്യം നല്ല തൻ്റെ ഇടം അന്നല ഓടി നടന്നു യാത്ര ചെയ്തു കേരളത്തിനകത്തും പുറത്തും പ്രസംഗിച്ചു എന്നാൽ പ്രിയപ്പെട്ടവരെ മുപ്പത്താറാമത്തെ വയസ്സിൽ സ്വർഗത്തിലെ ദൈവം ഒരഴിച്ചു പണിക്ക് എന്നെ തന്റെ പണിശാലയിലാക്കി ഈ ഈ യന്ത്രത്തെ ഈ മോട്ടോർ ഒന്ന് അഴിച്ചു പണിയണം ദൈവം തീരുമാനിച്ചു അഴിച്ചു പണിയാൻ കർത്താവ് ഉപയോഗിച്ചത് ഈ വചനം തന്നെയാണ് ഈ വേദപുസ്തകവാക്യങ്ങൾ രണ്ട് വാക്യങ്ങൾ എന്നെ പിടിച്ചു കുലുക്കി മുപ്പത്തി ആറാമത്തെ വയസ്സിൽ ദൈവത്തിന്റെ സ്തോത്രം കൃത്യം പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് മെയ് മാസം പത്താം തീയതി വ്യാഴാഴ്ച രാത്രി അന്ന് ഞാൻ ഞങ്ങളുടെ എടവഹപ്പള്ളിയിൽ പ്രസംഗിച്ചതിന് ശേഷം മടങ്ങി വന്ന് അഴിച്ചുപണിക്ക് തയ്യാറായി അന്ന് എത്ര നേരം ഇരുന്നെന്ന് എനിക്കറിയാൻ പാടില്ല ഞാൻ ആ പരിശോധിച്ചു ആസകലം ഓർമ്മ വച്ച കാലങ്ങളിലുള്ള ജീവിതം പരിശോധിച്ചു ഭാഗ്യവശാൽ പ്രകടമായ വേണ്ടാദിനത്തിനൊന്നും പോകാനിട വന്നിട്ടില്ല വേണ്ടാത്ത ഈ ചെറുപ്പക്കാരൊക്കെ ഏറ്റുപറയുന്ന പാപങ്ങൾ പലതും എന്തൊക്കെയാണെന്നും എനിക്കറിയാൻ വയ്യായിരുന്നു ഭാഗ്യവശാൽ പ്രകടമായ ഒരു പാവപ്രവർത്തിയും ചെയ്തില്ല പക്ഷേ എന്റെ ഹൃദയത്തിൽ എല്ലാ ദുഷ്ടതയും ഉണ്ടായിരുന്നു വേറെ ആർക്കോട്ട് അറിയാനും പാടില്ലായിരുന്നു എന്നാൽ പ്രിയപ്പെട്ടവരെ അത് ഞാൻ വിശദീകരിക്കുകയെല്ലാം ഒരു കാര്യം പറയാം അന്ന് രാത്രി ഒരു വരി അഴിച്ചുപണി നടന്നു ഒരു വരി അഴിച്ചുപണി കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വൈദ്യ പ്രവർത്തികളെ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും ആധർമ്മം പ്രവർത്തിക്കുന്നവയെ നിങ്ങൾ എന്നെ വിട്ടുപോകുകയും ഞാൻ ഒരു നാൾ നിങ്ങൾ അറിഞ്ഞിട്ടില്ല ഞാൻ അവരോട് തീർത്ത് പറയും ഞാൻ അഭിമാനിച്ചിരുന്നു ഞാൻ പ്രസംഗിച്ചത് ചിലർക്ക് പ്രയോജനപ്പെട്ടു പല കൺവെൻഷനും പ്രസംഗിച്ചപ്പോൾ ചിലരെല്ലാം മാനസന്ധനപ്പെട്ടു എനിക്കതിൽ വലിയ അഹങ്കാരമായിരുന്നു അഭിമാനമായിരുന്നു ഞാന് പ്രിയപ്പെട്ടവരെ ഒരറിയപ്പെടുന്ന പ്രസംഗകനാണ് എന്നുള്ളതിലൊരു ഒരു പൊങ്ങച്ചമുണ്ടായിരുന്നു അതൊന്നും പാവമാണെന്ന് കരുതിയിരുന്നില്ല ഞാൻ പ്രാർത്ഥിച്ച ചില രോഗികൾക്ക് സൌഖ്യം വന്നു അതെല്ലാം വലിയ വലിയ കാര്യമായി കടിച്ചായി ഞാൻ കരുതിയിരുന്നു എന്നാൽ ഈ വാക്യം അയച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കർത്താവേ കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യ പ്രവൃത്തികളെ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും ആ ധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നെ വിട്ടുപോകുകയും ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് ഞാൻ അവരോട് തീർത്തു പറയും എന്നെ ഞെട്ടിപ്പിച്ചു ആ വാക്യം വീണ്ടും വെളിപ്പാട് രണ്ടിലെ വാക്യവും കൂടി അതിനോട് ചേർത്ത് എന്റെ ഹൃദയത്തിലേക്ക് ഓടി വന്നു ആരും പ്രത്യേകിച്ച് എന്നോട് പറഞ്ഞതല്ല ഹൃദയത്തിലേക്ക് വരികയാണ് കരുണയുള്ള കർത്താവ് ഓരോന്നും ഓരോന്നിങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവരികയാണ് നിന്റെ ആ ആദ്യ സ്നേഹം ഇട്ട് കളഞ്ഞുവെന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട് ആകെയാൽ നീ ഏതെന്ന് വിടിയിരിക്കുന്നെന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ടതിന്റെ ആദ്യത്തെ പ്രവർത്തി ചെയ്യുക അല്ല ഞാൻ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും ആത്മാവ് സഭകളോട് പറയുന്ന എന്തെന്ന് ചെവിയുള്ളവനും കേൾക്കട്ടെ ദൈവത്തിന് സ്തോത്രം ആദ്യ സ്നേഹം വെട്ടിക്കളഞ്ഞു എനിക്ക് മനസ്സിലായി ഞാനന്ന് രാത്രിയിലും തകർന്നു പ്രിയപ്പെട്ടവരെ ദൈവത്തിന് സ്തോത്രം ഞാനോടെ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എന്റെ ഭാര്യ ഉറങ്ങിക്കിടക്കുകയായിരുന്നു കുഞ്ഞുങ്ങളെന്റെ അമ്മയുടെ മുറി മുറിയാണ് കിടക്കുന്നത് ഞാൻ ഏകനായി ദൈവസേനയിൽ ഹൃദയം പകർന്നു അന്ന് രാത്രി അഴിച്ചുപണിയുണ്ടായി ദൈവത്തിന്റെ വലിയ നാമം മുഹൃത്തപ്പെടട്ടെ എനിക്ക് നിങ്ങളോട് വളരെ എളിമയോടെ അപേക്ഷിക്കാനുള്ളൊരു കാര്യം അതാണ് നിങ്ങളുടെ ഒരു അഴിച്ചുപണിക്ക് തയ്യാറാകുക ആ സകലൊന്ന് അഴിച്ചുപണിയുക ആ സകലൊന്ന് പരിശോധിക്കുക ഇന്ന് പകല് നിങ്ങൾ കേട്ടിട്ട് പോയതിനു ശേഷം ഇവിടെ നിങ്ങൾക്ക് തീരുമാനമെടുക്കാം പക്ഷേ പോയതിന് ശേഷം നിങ്ങൾ വീട്ടിൽ ചെന്ന് സൌകര്യപ്രദമായൊരു സമയത്ത് നിങ്ങൾ തന്നെ തൻ ദൈവസിലിരിക്കണം നിങ്ങൾ പറയണം കർത്താവെയും ഞാൻ ഇവിടെ വേറെ ആരും കാണുന്നില്ല പക്ഷേ എന്റെ യേശുവെ നീ കാണുന്നു എന്റെ കർത്താവെ ഞാൻ എന്തിനാണ് ഇരിക്കുന്നതെന്ന് ഇവിടെ വേറെ ആർക്കും അറിഞ്ഞുകൂടാ എന്റെ കുടുംബത്തിലെ മക്കൾക്കോ ഭാര്യയ്ക്കോ എന്റെ ഭർത്താവിനോ എന്റെ മാതാപിതാക്കൾക്കോ അറിഞ്ഞുകൂടാ ഞാൻ ഏകയായി അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നു വേറെ ആർക്കും അറിഞ്ഞുകൂടാ പക്ഷേ യേശുവെ നിനക്കറിയാം ഞാൻ എന്തിനാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് ആകമാനൊരു കഴുകൽ വേണം ആകമാനൊരു ശുരൂപാന്തരം വരണം ആകമാനൊരു ശുദ്ധീകരണം വേണം എനിക്ക് ഇതുവരെയുള്ളതുപോലെ ഇനി മുന്നോട്ട് പോകണ്ട എന്റെ ദൈവത്തിന്റെ സ്തോത്രം ദൈവമക്കളെ നിങ്ങൾക്ക് താമസിയാതെ ഉത്സവം ലഭിക്കും ഞാൻ പറഞ്ഞല്ലോ പത്താം തീയതി രാത്രിയാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചത് ചില വലിയ തീരുമാനങ്ങളൊക്കെ എടുത്തു ചിലരോടെല്ലാം പോയി മാപ്പ് ചോദിക്കാൻ തീരുമാനിച്ചു ചില സാധനങ്ങൾ കൊടുത്തു തീർക്കാൻ തീരുമാനിച്ചു ചില പുസ്തകങ്ങൾ കൊടുത്തു കൊണ്ടുപോയി കൊടുത്ത് മാപ്പി ചോദിക്കാൻ തീരുമാനിച്ചു പൈസ കൊടുത്ത് കൊടുക്കാനുള്ളത് കൊടുക്കാൻ തീരുമാനിച്ചു മാപ്പി ചോദിക്കും തീരുമാനിച്ചു ചിലരുടെ അടുക്കൽ ചെന്ന് അവരുടെ വീട്ടിൽ ചെന്ന് മാപ്പി ചോദിക്കാൻ തീരുമാനിച്ചു ദൈവത്തിന്റെ സ്തോത്രം അതെല്ലാം തീരുമാനിച്ചേയുള്ളൂ അന്ന് നടപ്പിലൊരുത്തിയില്ല അത് പിന്നെ ഏതാനും ദിവസം കഴിഞ്ഞ ഒക്കെ നടപ്പിലൊരുത്തിയുള്ളൂ പക്ഷേ തീരുമാനമെടുത്തു ഞാൻ എന്റെ അകൃത്യത്തിനോട് അറിയിക്കുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നീ എന്റെ അധിക കുറ്റം ക്ഷമിച്ചു തന്നു സ്ത്രോത്രം ആ ഞാൻ തീരുമാനം എടുത്തത് നിവർത്തിച്ചില്ല അതിനുപേകർത്താവൾ ക്ഷമിച്ചു തന്നു പിന്നീട് നിവർത്തിച്ചു പ്രിയപ്പെട്ടവരെ അഡ്വാൻസായിട്ട് ക്ഷമിക്കുന്നവനാണ് ദൈവം നിങ്ങൾ ഇന്ന് ഇവിടെ ഇരുന്നു കൊണ്ട് ചില തീരുമാനങ്ങൾ എടുത്താൽ അത് പാലിച്ചില്ല അത് ഇനിയുള്ള ദിവസങ്ങളിൽ പാലിക്കാൻ പോകുന്നേ ഉള്ളൂ പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ക്ഷമിച്ചു തരും എന്തുണ്ടായി ആയിരത്തി മെയ് മാസം പതിനൊന്നാം തീയതി വെള്ളിയാഴ്ച ഒൻപത് മണി കഴിഞ്ഞപ്പോൾ ഒരത്ഭുത തീകോളം എല്ലാ തലമേലിറങ്ങി ദൈവത്തിന് സ്തോത്രം ഒരത്ഭുതകരമായ അഗ്നി കോളം എന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി ഞാൻ അറിഞ്ഞില്ല എന്താണ് സംഭവിക്കുന്നതെന്ന് അതിന് വിവരിക്കാൻ എനിക്ക് കേൾപ്പില്ല പക്ഷെ ഒന്നെനിക്കറിയാം ഞാൻ ആ സകലം ചൂടുപിടിച്ചു എന്ന് എനിക്കറിയാം എനിക്കൊന്നറിയാം എന്റെ തല മുതൽ ഉള്ളംകാൽ വരെ എന്റെ ഒരു ശക്തി എന്നെ ബാധിച്ചു എന്ന് എനിക്കറിയാം എന്റെ ആ ഞാൻ എന്റെ ദൈവമേ ഞാൻ അങ്ങനെ തീയായി ദൈവത്തിന് സ്തോത്രം എനിക്ക് വേറൊന്നറിഞ്ഞുകൂടാ ഞാന് ദൈവത്തെ സ്തുതിച്ചു എന്റെ പ്രിയപ്പെട്ടവരെ അതൊരു വലിയ കഴുകലായിരുന്നു നിങ്ങൾക്ക് തന്നെ താൻ ഈ കഴുകൽ പ്രാപിക്കാം വേറെ ആരുടെയും സഹായം നിങ്ങൾ നോക്കണ്ട ആരോട് നിങ്ങൾ പറയണ്ട നിങ്ങൾക്കൊച്ചയ്ക്കിരുന്ന് ഈ കഴുകൽ നിങ്ങൾക്ക് പ്രാപിക്കാം ഈ കഴുകൽ പ്രാപിക്കാതെ നിങ്ങൾ മരണത്തിലേക്ക് പോകാൻ ഇടവരരുത് ഈ കഴുകൽ പ്രാപിക്കാതെ നിങ്ങൾ നിത്യത്തിലേക്ക് മാറ്റിപ്പെടാൻ ഇടവരരുത് ഈ കഴുകൽ പ്രാപിക്കാതെ മരണമെന്ന കർത്തന്റെ അപ്പുറത്തേക്ക് പോകാൻ നിങ്ങൾക്കാർക്ക് ഇടവരരുത് അങ്ങനെ വന്നാൽ തീരാ നഷ്ടമായിരിക്കും നരക തീ പെയ്യായിരിക്കും പോകൂ എന്ന് ഇനി അറിയുന്നില്ല ഞാൻ ഒരു നാൾ നിങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നെ വിട്ടുപോകുകയിൽ അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നെ വിട്ടുപോകുകയിൽ എന്ന് തീർത്തു പറയുന്ന കഠോര ശബ്ദമായിരിക്കും അധർമ്മം പോയില്ലെങ്കിൽ അവൻ മുഖപക്ഷം ഇല്ലാത്തവനാണ് അവൻ മുഖദാക്ഷിണെ കാണിക്കാത്തവനാണ് അധർമ്മം മാറിയില്ലെങ്കിൽ ദൈവവയതിലെ നീ അന്ന് ന്യായവിസ്താര ദിവസത്തിൽ നീ ലജ്ജിതനായി നിൽക്കേണ്ടി നീ തലതാഴ്ത്തി ലജ്ജയോട് നീയ്യ് അവിടെ നിന്നിറങ്ങി പോകേണ്ടിവരും നരകത്തീ പൊയ്യയിലേക്ക് നീ തള്ളപ്പെട്ടു പോകും ഇതെല്ലാം സത്യമാണ് പ്രിയരേ എന്റെ കരുണയുള്ള കർത്താവ് വചനം മാറ്റമില്ലാത്തതാണ് എന്നുള്ളത് നിനക്ക് വരരുത് നിനക്കൊരു ഫെസ്റ്റിവൽ തരാന്റെയും ആഗ്രഹിക്കുന്നു നിനക്കൊരു ഉത്സവം തരാൻ്റെയും ആഗ്രഹിക്കുന്നു മകനെ നിന്റെ ജീവിതത്തിൽ ഇതൊരു ഉത്സവം തുടങ്ങാമെന്നാണ് കർത്താവ് പറയുന്നത് മകളെ നിന്റെ ജീവിതത്തിൽ ഇന്നൊരു മഹോത്സവം വലിയൊരു പെരുന്നാൾ ആരംഭിക്കാമെന്ന് കർത്താവ് പറയുന്നത് ഈ പെരുന്നാളിന് നീ എന്താണ് ചെയ്യേണ്ടത് നീ മറ്റൊന്നും ചെയ്യണ്ട നിനക്ക് വേണ്ടി ക്രൂസിൽ തിരി രക്തം ചിന്തിയ്യ നീ ഒന്ന് വിളിച്ചാൽ മതി നിനക്ക് വേണ്ടി കുറ്റമില്ലാത്ത രക്തം ചിന്തിയ രക്ഷകനായി മിസിയാകുമ്പോഴാനെ ഇപ്പോൾ നീ ഒന്ന് വിളിച്ചപേക്ഷിച്ചാൽ മതി കർത്താവേ നീ എന്റെ അരിഹത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു യേശുവേ നീ എന്റെ അരിഹത്തെ െന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നു എന്റെ യോഗ്യത കണ്ടല്ല എന്റെ അർഹത കണ്ടല്ല എന്റെ യാതൊരു നന്മയും കണ്ടല്ല ഇല്ലല്ലോത്താവേന്നു പറയാനില്ല പക്ഷേ നീ എന്നെ സ്നേഹിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിന്റെ തിരി രക്തം എനിക്ക് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് മറ്റൊന്നും അറിഞ്ഞുകൂടകർത്താവേ കണ്ണുപിടിച്ച് വിശ്വസിക്കാൻ മാത്രമേ എനിക്കറിയാവൂ ഞാൻ വിശ്വസിക്കുന്നു എന്റെ പാവത്തിന് ശിക്ഷയാണ് നീ കുരിശിൽ വഹിച്ചത് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് കർത്താവേ ക്രൂശിലെ മരണത്തോളം നീ എന്നെ സ്നേഹിച്ചുവെന്ന് സ്വന്തം ജീവരക്തം ഊറ്റി നീ എന്നെ സ്നേഹിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആകയാൽ രക്ഷക നിന്റെ പാതപീഠത്തിലേക്ക് ഞാനിപ്പോൾ വന്ന് എന്റെ പാപങ്ങളുടെ മഹാവലിയ വണ്ണായ പാഴ്ണക്കെട്ടുകളെല്ലാം നിന്റെ തിരുവുമൻപാകെ ഞാൻ ഇതാ കൊണ്ടുവന്ന് വെക്കുന്നു കുരിശിൽ കൂടി ഒഴിയ തിരുവിരാവിലെ രക്തം ഇപ്പോൾ ഒരു തുള്ളി വന്ന് എന്റെ തലമേൽ തൊടണമേ കർത്താവേ ആ തിരു ഒരു തുള്ളി ഇപ്പോൾ എന്റെ സെലസിൽ വന്ന് പതിയണമേ കർത്താവേ ഞാൻ ഈ കുരിശിൻ ചുവടിലല്ലോ ഇരിക്കുന്നത് കുരിശിന്റെ ചുവടിലല്ലോ കുരിശിൽ കൂടി ഒഴുകിവന്ന് ആ തിരുവിലാവിലെ തിരു ഒരു തുള്ളി ഇപ്പോൾ തലമേൽ വന്ന് വീഴണമേ നിങ്ങൾ പ്രാർത്ഥിക്കുമോ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പ്രാർത്ഥന ദൈവസനിൽ ചെല്ലണമെങ്കിൽ നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ആഗമാനമുള്ള ഒരു അഴിച്ചുപണിക്കായി ദൈവസന ഇരിക്കുമെന്ന് ദൈവത്തോട് വാക്കു പറയണം എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ വലിയ രൂപാന്തരം തരും ആഗമാനം പുതുക്കി ും അത്ഭുതകരമായ മാറ്റം നിങ്ങൾക്ക് തരും അവന്റെ തിരി രക്തം നിങ്ങളുടെ മേൽ പതിയും ആ തിരി രക്തം നിങ്ങളെ കഴുകും അതിന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഉള്ളു തുറന്ന് നിങ്ങൾ പ്രാർത്ഥിക്കൂ എന്നോട് എന്നോട് മനസ്സലിയണമേ യേശുവേ എന്നോട് മനസ്സലിയണമേ ഇങ്ങനെ പ്രാർത്ഥിച്ചത് ഉയർത്താമല്ലോ കരങ്ങളെ താഴ്ത്തിയെടുവിൻ ഹാലലൂയ്യ ദൈവത്തിനു സ്ത്രോത്രം ഹാലലൂയ ഹാലുയ്യ കുഞ്ഞാട്ടിൻ തിരക്തത്താ ഞാൻ ശുദ്ധനായിത്തീരുന്നു നോക്ക് പാടാം കുഞ്ഞാട്ടിൻ തിരക്തത്ത 달냔 주테 라이 필루 던전 길에 슈테트 달냔 제임 바리듬 던전 길에 슈테 കുഞ്ഞാടിന്റെ തിരത്താൽ നിങ്ങളെ ശുദ്ധീകരിക്കപ്പെട്ടു എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ കൈ ഉയർത്തിയപ്പോൾ നിങ്ങൾ ആരുടെ നേരെയാണ് ക്രിസ്തുവിന്റെ കരങ്ങളിലേക്കാണ് നിങ്ങളെ വിട്ടുകൊടുത്തത് ആണിപ്പാടുള്ള കരങ്ങളിലേക്കാണ് നിങ്ങൾ കൈ ഏൽപ്പിച്ചത് വെറുതെ കൈ ഉയർത്തല്ല അവിടെ നിന്ന് താഴോട്ട് നീണ്ടുവരുന്ന ആ കരത്തിലേക്ക് നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് അപ്പോഴാണ് തിരക്തങ്ങൾ പതിയുന്നത് ദൈവത്തിന്റെ സ്തോത്രം നിങ്ങളത് വിശ്വസിക്കുന്നെങ്കിൽ നല്ല ധൈര്യത്തോടെ പാടുകയും നല്ല തന്റിടത്തോടെ പാടുകയും ഉറച്ചു പാടുകയും മഹത്വ ഉത്സവം ആഘോഷിക്കുന്ന അങ്ങനെയാണ് ദൂതന്മാരുടെ മധ്യത്തിൽ ഞാൻ അവന്റെ കയ്യിൽ നിന്ന് രാജാവിന്റെ കൈയിൽ നിന്ന് എനിക്ക് പ്രതിഫലം തരും ദൂതന്മാരുടെ മധ്യത്തിൽ ഞാൻ ആദരിക്കപ്പെടും ഞാൻ അന്ന് ലജ്ജിതനാകേണ്ടി വരികയില്ല അന്ന് എനിക്ക് ദൈവസന്നിധിയിൽ ദൂതന്മാരുടെ മുമ്പിൽ ആദരവ് ലഭിക്കും കർത്താവ് പ്രശംസിക്കുന്നത്രയെ കൊള്ളാകുന്നവൻ കർത്താവ് പ്രശംസിക്കും ദൈവമക്കളെ നിങ്ങളീ ഭാഗ്യത്തിലേക്കാണ് വന്നിരിക്കുന്നത് നിങ്ങൾ കഷ്ടപ്പെട്ട് യാത്ര ചെയ്തൊക്കെ വന്നില്ലേ ഞാനിന്ന് രാവിലെ ഓർത്തു എന്റെ ദൈവം പുതുതായി പലരും വരുന്നുണ്ട് അവരൊക്കെ ഒന്ന് കണ്ടു പരിയപ്പെടാൻ ഉത്തിരുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേൾക്ക് നിങ്ങളാണ് വീട്ടുകാര് നിങ്ങളാണ് സ്വന്തക്കാര് ദൈവത്തിന് സ്തോത്രം നിങ്ങൾ വരണം യോഗം നിങ്ങളുടേതാണ് കൂട്ടായ്മ നിങ്ങളുടേതാണ് ഇത് ഏതെങ്കിലും ചില ദൈവമക്കളുടെയല്ല നിങ്ങൾ മനസ്സിലാക്കെല്ലാവരും ഒരുമിച്ചൊരു ഒരു ശരീരമാണ് എല്ലാവരും ഒരുമിച്ച് ക്രിസ്തു തല തലയായ ക്രിസ്തു നാമല്ല ശരീരം ശരീര അവയവങ്ങൾ ഓരോ അവയവത്തിനും ഫംഗ്ഷൻ ഉണ്ട് ഓരോ അവയവത്തിനും ചുമതലയുണ്ട് അതാതിന്റെ ധർമ്മമുണ്ട് ഓരോ അവയവത്തിനും ഓരവയവവും ചെറുതല്ല വില കുറഞ്ഞതല്ല അതാതിന്റെ ഫങ്ഷൻ അതാതിന്റെ ധർമ്മം ഓരോ അവയവത്തിനുമുണ്ട് ദൈവത്തിന്റെ സ്ത്രോത്രം കൂട്ടായ്മ വേറെ ആരുടെ ആ രണ്ട് നിങ്ങൾ വിചാരിക്കരുത് ഈ ക്രിസ്ത്യൻ വായ്പ പേര് പറയുന്നേ പ്രിയപ്പെട്ടവരെ നമുക്ക് സഭാ സഭയില്ല സഭാഭേദമില്ല നമുക്ക് കക്ഷി പരിഗണനയില്ല നമുക്ക് സമുദായ വ്യത്യാസമില്ല നമുക്ക് മതഭേദവുമില്ല ആരെല്ലാം വരുന്നു പോകും നമുക്ക് പാടില്ല യാതൊരു വ്യത്യാസവും കാരണം യേശുവിന് യേശുവിന് സഭാഭേദമില്ല ദൈവത്തിന് സ്തോത്രം നിങ്ങൾ വരണം നിങ്ങളുടെ സ്വന്തമായിട്ട് നിങ്ങൾ വരണം കൂട്ടായ്മ നിങ്ങൾ നടത്തണം നിങ്ങളുടേതാണ് കൂട്ടായ്മ എന്റെ ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം നാം എല്ലാം യേശുവിനെ നോക്കി പോവുകയാണ് നോക്കാൻ ഒരാളേ ഉള്ളൂ ഒറ്റയ്ക്കൊരാള് എന്താ ഇതുവരെ പറഞ്ഞത് ഇന്ന് നിങ്ങൾക്ക് ആക്രമണം ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ പ്രശ്നം ഉണ്ടെങ്കിൽ തളരേണ്ട എന്ന് തളരേണ്ട എന്താണ് അടുത്ത് ഫെസ്റ്റിവൽ വരാൻ പോകുന്നു സന്തോഷത്തിന് വരാൻ പോകുന്നു നിങ്ങൾ വിശ്വസിക്കുക അങ്ങ് ഈ കടം മാറും സ്തോത്രം ദൈവത്തിന്റെ സ്തോത്രം നിങ്ങൾ വിശ്വസിക്കുക ഈ വലിയ പെരിയ കടം മാറും മാറിയ ചരിത്രം ഈ കൂട്ടായ്മയിൽ തന്നെ വലിയ വൻകടം മാറിയവരുണ്ടല്ലോ ഈ രോഗം മാറും മഹാരോഗങ്ങൾ മാറിയവരുണ്ടല്ലോ ദൈവത്തിന് സ്തോത്രം അത്ഭുതങ്ങൾ നടക്കും പ്രിയപ്പെട്ടവര് നിങ്ങൾ വിശ്വസിക്ക് അത്ഭുതങ്ങൾ നടക്കും അതിശയങ്ങൾ നടക്കും എന്റെ ദൈവത്തിന്റെ വലിയനാമം ബഹുത്തപ്പെടട്ടെ ദൈവത്തിന്റെ സ്തോത്രം ഞാന് ഇവിടെ അല്പം മുമ്പ് ഈ ക്ലാസ് കൊടുക്കുന്നതിന് മുമ്പ് നോക്കുമ്പോഴുണ്ട് പെൺകുട്ടികൾ ഇങ്ങനെ നിരന്തരയായി വരുന്നു ഓർത്ത് ഇത്രയും കുട്ടികൾ എവിടെ വരുന്നത് പെട്ടെന്നാണ് മനസ്സിലായത് ഞാൻ ഊഹിച്ചതാണ് ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയത് നമ്മുടെ മൂവാറ്റോട് ലാബിലെ കുട്ടികളാണെന്ന് എനിക്ക് തോന്നി കാരണം അവിടെ വണ്ടി കണ്ടു അവിടെ ലാബിലെ കുട്ടികൾ പത്തറുന്നൂറ് അറുന്നൂറ്റി അൻപത് പേര് അവിടെ ജോലി ചെയ്യുന്നു എന്നാൽ ആ ലാബ് ലാബിന്റെ ഉടയവര് അവരാരായിരുന്നു അവരാരായിരുന്നു കൂലി വേലക്കാര് കൂലി വേലക്കാര് ഒരു നേരത്തെ ഇരുന്നവര് ഭൂരി നേരത്തി ആഹാരത്തിന് ദൈവത്തിന് സ്തോത്രം കൂലിപ്പണി ചെയ്യുന്ന വീട്ടിൽ നിന്ന് ചോറ് ചട്ടിയിൽ പോയി കൊണ്ടുവരുന്നത് കാണാൻ കാർത്തികൊണ്ടിരുന്നത് പിള്ളേര് അവരാണ് ഇന്ന് ഈ പത്ത് അറുന്നൂറ്റി അൻപത് പേർക്ക് ശമ്പളം കൊടുക്കുന്നത് മാസശമ്പളം കൊടുക്കുന്നത് ആര് വരുത്തി ഈ മാറ്റം ദൈവത്തിന് സ്തോത്രം ആര് തന്നു സ്വർഗത്തിലെ ദൈവം കടക്കാരനല്ല ആർക്കും കടക്കാരനല്ല നിങ്ങളൊന്ന് കൊടുത്താൽ അവൻ പത്ത് തരും ദൈവത്തിന് സ്തോത്രം നിങ്ങളുടെ ആയുസ് എന്ന് വെച്ച് കൊടുക്ക് നിങ്ങളുടെ ആയുസ് നിങ്ങളുടെ ജീവിതം എന്ന് വെച്ച് കൊടുക്ക് അവൻ നിങ്ങൾക്ക് ഉത്സവം തരും ഫെസ്റ്റിവൽ തരും ദൈവത്തിന്റെ സ്തോത്രം നിങ്ങൾക്ക് ഉത്സവം തരും ഈ ഉത്സവം കിട്ടണമെങ്കിൽ ചെയ്യേണ്ട കാര്യമാണ് യുദ്ധം ചെയ്യണം എങ്ങനെയാണ് യുദ്ധം പൊരുതണം എങ്ങനെയാ പൊരുതൽ പ്രാർത്ഥനയിൽ ഇത്രയാണ് പറഞ്ഞത് ഇനി എന്താണ് ഈ പുസ്തകം അത് രസമുള്ള കഥയാണ് കഥ പറയാൻ പോവുക ഇത് പണ്ടുകാലത്ത് പേർഷ്യൻ സാമ്രാജ്യം പേർഷ്യൻ സാമ്രാജ്യം നിലനിന്ന കാലത്താണ് പേർഷ്യൻ സാമ്രാജ്യത്തിൽ പ്രധാനപ്പെട്ട നാല് ചക്രവർത്തിമാരുണ്ടായിട്ടുണ്ട് നിങ്ങള് സോഷ്യൽ സ്റ്റഡീസ് ക്ലാസ്സിൽ സോഷ്യൽ സയൻസ് ക്ലാസ്സിലൊക്കെ പഠിക്കും ഈ ചരിത്ര ക്ലാസ്സിൽ പഠിക്കും ഹിസ്റ്ററിയിൽ പഠിക്കുന്നത് ഒന്ന് ഡേറിയസ് ദാരിയാവേശ് വേദപുസ്താരിയാവേശ് രണ്ട് സെർസസ് വേദപുസ്തകത്തിലെ അഹസ്വരോസ് മൂന്ന് ആർട്ടാക്സേർസസ് വേദഗ്രസിലെ അർത്ഥകശ്രേഷ്ഠ രാജാവ് നാല് സൈറസ് വേദഗ്രസിലെ കോരശ രാജാവ് നാല് പേര് ദാരിയാവേശ് സേർസസ് അഥവാ അഹശ്യ മൂന്ന് ആർട്ടാക് സേർസസ് അർത്ഥകശ്രേഷ്ഠ രാജാവ് നാല് സൈറസ് ചക്രവർത്തി സൈറസ് കോരശ രാജാവ് ഈ നാലു പേരുടെയും കാര്യം വേദദിവസത്തിലുണ്ട് നാലുപേരുടെയും കാര്യം ഈ ജാതി ചക്രവർത്തിമാരുടെ പേരെങ്ങനെ വേദദിവസം വന്നത് കാര്യമുണ്ട് അവര് പുറജാതികാരാണ് ദൈവത്തെ അറിഞ്ഞവരല്ല പക്ഷെ അവർ ദൈവജനത്തെ സഹായിച്ചു സ്ത്രോത്രം നിങ്ങൾക്ക് മനസ്സിലായോ ഈ ചക്രവർത്തിമാര് ദൈവത്തെ പരിചയമില്ല പക്ഷേ അവര് ദൈവത്തിന്റെ മക്കളെ സഹായിച്ചു എന്തിനു സഹായിച്ചു ആരാധനയ്ക്ക് സഹായിച്ചു ദൈവത്തിന്റെ മക്കളെ ആരാധനയെ സഹായിച്ചു എന്തു പറഞ്ഞാലെന്താ അധ്യാ കഥ പറയാം നമുക്ക് വേദിവസം വായിക്കുമ്പോൾ ചില പ്രവാചകന്മാരെ കാണാൻ പറ്റും അതിലൊരു പ്രവാചകനാണ് ഇരമ്യാവ് ഇരമ്യ പ്രവാചകൻ പ്രവചിച്ച കാലം സെതുക്കിയാരാജാവ് ഹരിക്കുന്ന കാലമാണ് സെതക്കിയാരാജാവ് ഹരിക്കുന്ന കാലം ഇരമ്യാവ് കരഞ്ഞുകൊണ്ട് കൊട്ടാരത്തിയുന്നു തൊഴുകയ്യോടെ പറഞ്ഞു പൊന്നു തിരുവേനി എനിക്ക് സങ്കടമാണല്ലോ എന്താ നിനക്ക് സങ്കടം രാധയോട് പറയുക പ്രവാചകൻ പറയുക ഞാൻ കരയുകയാണല്ലോ എന്താ നിന്റെ കരച്ചിൽ നമ്മുടെ നാടിന് വരുന്ന അപകടവർത്താണല്ലോ ഞാൻ കരയുന്നത് വലിയൊരു നാശം വരുന്നല്ലോ പ്രവാചകന്മാർക്ക് ദൈവം മുൻകൂട്ടി കൊടുക്കുന്ന എളപ്പാടുകൾ കരഞ്ഞുകൊണ്ട് പറയും പ്രവാചകന്മാർ സ്തോത്രം അവർക്ക് ദൈവം കൊടുക്കുന്ന എളപ്പാടുകളാണ് ഇരമ്പ്യാ പ്രവാചകൻ എല്ലപ്പാട് കിട്ടി നശിക്കാൻ പോകുന്നു തിരുമേപ്രവാചനെന്ന് പറഞ്ഞപ്പോൾ രാജാവിന് കൂസില എന്റെ ഈ നാടോ അന്നത്തെ രാജാവ് നല്ല ശക്തനാണ് രാജാവിന് പഴയ ദാവീദിന്റെ പാരമ്പര്യമൊക്കെ ഉണ്ടല്ലോ ദാവീദും സ്ഥലവും ഒക്കെ വേണം സിംഹാസനത്തിലല്ലേ ഇരിക്കുന്നത് രാജാവിന് നല്ല തന്റെ ഇടം ഏ ഇതൊന്നും മുടിയില്ല ഒന്നു തിരുവേനി ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ വിചാരിക്കുന്ന പോലല്ല തിരുവേനി വിചാരിക്കുന്ന പോലെയല്ല കാര്യങ്ങള് ദൈവംപരം വെളിപ്പെടുത്തി തന്നതാണ് അങ്ങയെ കണ്ണ് രണ്ടും കുത്തി പൊട്ടിച്ച് ഇവിടെ നിന്ന് ബാബിലോണിയയിലേക്ക് കൊണ്ടുപോകും ഈ യഹൂദിയ നാട്ടിൽ നിന്ന് ഇറൂസലേമിരിക്കുന്ന യഹൂദിയ നാട്ടിൽ നിന്ന് അങ്ങയെ കണ്ണ് രണ്ടും കുത്തി പൊട്ടിച്ച് നിബുഖ രാജാവ് അങ്ങ് ബാബിലോണിയായിലേക്ക് കൊണ്ടുപോകുമെന്ന് ഇറാഖിലേക്ക് കൊണ്ടുപോകുമെന്ന് എനിക്ക് അരുളപ്പാട് കിട്ടിയിരിക്കുകയാണ് രാജാവ് ദേഷ്യം വന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കാൻ നടക്കുകയാണോ പാവപ്പെട്ടവര് മനുഷ്യനൊന്നും പേടിപ്പിക്കരുത് ഞാനതും വിശ്വസിക്കുന്നില്ല എന്റെ ആളുകളെ എന്റെ പ്രജകളെ ഒന്നും പേടിപ്പിക്കരുത് രാജാവ് എരുമിയ പ്രവചനം വളരെ ഉപദ്രവിച്ചു പൊട്ടിണിക്കിട്ടു കണ്ണിൽ തള്ളിയിട്ടു ഒരുപടി ഉപദ്രവിച്ചു എക്കാലത്തും സത്യം പറയുന്ന പ്രവാചകന്മാർക്ക് ഉപദ്രവം സത്യം പറഞ്ഞോ വരാൻ പോകും നാശം ദൈവം വെളിപ്പെടുത്തിയത് അതുപോലെ പറഞ്ഞോ തീർച്ചയാണ് എതിർപ്പുണ്ട് എരുമിയ പ്രവചനം കരഞ്ഞു എരുമിയ പ്രവചന എങ്ങനെ കിട്ടിയ പേരാണ് കരയുന്ന പ്രവാചകൻ ലെമഞ്ചിങ് പ്രോഫറ്റ് കരയുന്ന പ്രവാചകൻ പക്ഷേ അങ്ങനെ തന്നെ സംഭവിച്ചു ഇരമ്യപ്രവാചകന്റെ കാലത്ത് തന്നെ ബാബുലോണിയൻ ഇറാക്കിലെ ഭരണാധികാരിയായ നെബുഖ് എന്ന് പറയുന്ന ശക്തനായ ചക്രവർത്തി വന്ന് സൈന്യസന്നാഹത്തോടെ വന്ന് യഹൂദിയ നാട് ആക്രമിച്ച് കീഴടക്കി അവിടെ യറൂസലേം ദേവാലയം ഇടിച്ചു കളഞ്ഞു ദേവാലയത്തിന്റെ വാതിലെല്ലാം തീവച് ചുട്ടുകളഞ്ഞു കത്തിച്ചു കളഞ്ഞു ദേവാലയത്തിന് ചുറ്റുമുള്ള മതിലെല്ലാം ഇടിച്ചു പൊളിച്ചു കളഞ്ഞു ഭയങ്കര നാശമാണ് അവിടെ ഉണ്ടായത് യെരുസലമിലുണ്ടായത് പ്രവാചകം പറഞ്ഞ അതുപോലെ സംഭവിച്ചു സിദക്കിയ രാജാവിന്റെ കണ്ണിരണ് കുത്തി പൊട്ടിച്ചു കൈയിൽ ചങ്ങലയിട്ട് സിദക്കിയ രാജാവിനെ ഇറാക്കിലേക്ക് കൊണ്ടുപോയി ബാബിലുണിയിലേക്ക് കൊണ്ടുപോയി കാലം പിന്നെയും മുന്നോട്ട് പോയി ഈ ശേഷം പിന്നെ വന്നത് ബേസർ രാജാവാണ് ബേസെസർ ദുർബലനായ രാജാവായിരുന്നു ബേസസ് രാജാവിന്റെ കാലത്ത് രാജാവിനും ദൈവം ഒരു എല്ലപ്പാട് കൊടുത്തു അന്ന് ദാനിയേൽ പ്രവാചകനുണ്ടവിടെ ദാനിയേൽ അവിടുന്ന് അടിമളായി കൊണ്ടുപോയ യഹോദ്യാനാട്ടിൽ നിന്ന് അടിമളായി കൊണ്ടുപോയ ബാലന്മാരിൽ ദാനിയേൽ ഉണ്ടായിരുന്നു ശത്രു കമേശ ഉണ്ടായിരുന്നു അനേകം വീരന്മാരായ നല്ല യുവാക്കന്മാരുണ്ടായിരുന്നു അതിൽ ദാനിയേൽ പ്രവാചകന്റെ കാലത്ത് അന്ന് ഈ ദാനിയേൽ അവിടെ യെറൂസലേമിൽ താമസിക്കുന്ന കാലത്ത് നെബുക്ക് നസരാജാവിന് രാജാവിന് ഒരു സംഭവം ഉണ്ടായി നെബുക്ക് നസരാജാവിന് ശേഷം അന്ന് ബേൽസസ് രാജാവിന്റെ കൊട്ടാരത്തിന്റെ ഭിത്തിയിൽ രാത്രി അവർ വിരുന്ന് കഴിച്ച് ആമോദിച്ച് പൊളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മദ്യം ദേവാലയത്തിൽ നിന്ന് കൊണ്ടുപോയ പാത്രങ്ങളിൽ അപകരിച്ചുകൊണ്ടുപോയ എറുസൈൻ ദേവാലയത്തിൽ പാത്രങ്ങളിൽ മദ്യം എടുക്കുകയും മദ്യം വിളമ്പുകയും ചെയ്ത് ബേൽസസ് രാജാവും രാജാവിന്റെ രാജാവിന്റെ സൈന്യ തലവന്മാരും പടത്തലവന്മാരും മന്ത്രിമാരുമെല്ലാം രസിച്ച് മേളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന ചുമരിലൊരു ഒരടയാളം ദൈവമെല്ലാം മുൻകൂട്ടി കാണിച്ചിട്ടേ ആ ദൈവം മനുഷ്യനെ ശിക്ഷിക്കുന്നുള്ളൂ ഒരടയാളം എന്താണ് ചുമരിൽ വെളിപ്പെട്ടത് ഒരു കൈപ്പത്തി ഇങ്ങനെ കാണാം ചുമരിലൊരു കൈപ്പത്തി എല്ലാരും അമ്പരുന്നോ എന്താണ് കാണുന്നത് കുടിച്ച് ലക്ക് കിട്ടിരിക്കുന്നവരെല്ലാം അമ്പരപ്പിലായി എല്ലാരും പരിഭ്രമിച്ചു രാജാവിന്റെ മുട്ട അത് ആടിപ്പോയി എന്നാണ് തിരുവചന്ദ്രൻ പറയുന്നത് ദൈനപ്രവാചന പുസ്തകം വായിക്കുമ്പോൾ കാണാം അഞ്ചാം അധ്യായം രാജാവിന്റെ മുട്ട ആടിപ്പോയി രാജാവ് പേടിച്ചു പോയി കാരണം ആ കൈപ്പത്തി ഇതാ എന്തോ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്തോ എഴുതുകയാണ് ചുമരിമ എഴുതുന്നു ആർക്കും വായിക്കാൻ അറിഞ്ഞുകൂടാ വായിക്കാൻ അറിഞ്ഞുകൂടാ വേസ് എസ് രാജാവിന്റെ ഇറാഖിലെ കൊട്ടാരത്തിൽ നബുക്കനസ രാജാവിന് ശേഷം വന്ന് വെസ് എസ് രാജാവിന്റെ കൊട്ടാരത്തിന്റെ ഭിത്തിയിൽ എഴുതുന്നു എന്താണ് എഴുതിയതെന്ന് മനസ്സിലായില്ല ഞാൻ ഇയാളെ വിളിച്ചു എന്താ വായിക്കാമോ അയ്യോ ഞങ്ങറിഞ്ഞുകൂടാ പണ്ഡിതന്മാരെ വിളിച്ചു എല്ലാവരും ആർക്കും വായിക്കാൻ അറിഞ്ഞുകൂടാ അപ്പോഴാണ് ദൈവാത്മാവുള്ള ദാരിയലിനെ വിളിച്ചത് ദാരിയൽ വന്നു ദാരിയയിൽ വായിച്ചു രാജാവേ വരാനിരിക്കുന്ന കാര്യം ദൈവം വെളിപ്പെടുത്തിയതാണ് ഈ നാടിനും രാജാവിനും സംഭവിക്കാൻ പോകുന്ന കാര്യം സ്വർഗത്തെ ദൈവം വെളിപ്പെടുത്തി എന്താണ് എഴുതിയിരിക്കുന്നത് വായിച്ചു കേൾപ്പിക്കാം ദൈവം നിന്റെ രാജ്യത്ത് വെണ്ണിന്റെ രാജ്യത്ത് നിന്ന് അവസാനം വരുത്തിയിരിക്കുന്നു ദൈവം നിന്നെ തുലാസിൽ തൂക്കി നോക്കി നിന്നെ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു രാജാവേ ദൈവം നിന്നോട് കോപിച്ചിരിക്കുകയാണ് ദൈവം നിന്നെ തുലാസിൽ തൂക്കി നോക്കി നിന്നെ കുറവുള്ളവനായി കണ്ടിരിക്കുന്നു ദൈവം നിന്റെ രാജ്യത്തും എണ്ണിയിരിക്കുന്നു നിന്നെ ദൈവം ശിക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു രാജ്യത്തിന് അന്തം വരുത്തിയിരിക്കുന്നു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എം മണിക്കൂർ കഴിഞ്ഞില്ല ആ രാത്രി തന്നെ പേർഷിയിൽ ഇറാനിൽ നിന്ന് പേർഷിയിൽ നിന്ന് ഇറാനിൽ നിന്ന് വലിയ സൈന്യ സന്നാഹങ്ങൾ വന്നു വന്ന് ബാബ്ലൂണിയൻ സാമ്രാജ്യം ആക്രമിച്ച് കീഴടക്കി വേശരാജാവിനെ കൊന്നു അങ്ങനെ ബാബ്ലൂണിയൻ സാമ്രാജ്യം അസ്തമിച്ചു പിന്നെ വരുന്നത് പേർഷ്യൻ സാമ്രാജ്യമാണ് പേർഷ്യൻ സാമ്രാജ്യം ഇറാഖിന്റെ സ്ഥാനത്ത് ഇറാൻ കയറിയ അധികാരം കൈയാളി അന്ന് ആ കാലത്ത് നിമുക്ക് കാലം മുതലേ യഹൂദിയായി നെറുസലമിൽ നിന്ന് അവിടെ പിടിച്ചുകൊണ്ടു അടിമകളായി വാക്കന്മാരുണ്ടായിരുന്നു ആളുകളുണ്ടായിരുന്നു അവര് തങ്ങളുടെ കിന്നരങ്ങളെ അല വൃക്ഷങ്ങളിൽ മേൽ തൂക്കിയിട്ടുകൊണ്ട് അവർ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അവരടിമയായിപ്പോയല്ലോ സ്വന്തം നാട് നഷ്ടപ്പെട്ടല്ലോ ആരാധന മുടങ്ങിപ്പോയല്ലോ സ്തുതി നിലച്ചുപോയല്ലോ അയ്യോ ഞങ്ങളുടെ ദൈവീക ആരാധന പോയിപ്പോയല്ലോ എന്ന് പറഞ്ഞ് അവർ കരഞ്ഞുകൊണ്ട് അന്യദേശത്തെ അടിമപ്പാടിലിരിക്കുകയായിരുന്നു അവരെ ധൈര്യപ്പെടുത്താൻ ദാരിയൽ പ്രവാചകൻ പ്രവചനം പറഞ്ഞു അവരെ ധൈര്യപ്പെടുത്താൻ അന്ന് അവരുടെ ഇടയിലുണ്ടായിരുന്ന പുരോഹിതൻ യഹൂദന്മാരുടെ പുരോഹിതനായ സ്കേൽ പുരോഹിതനായിരുന്നു എഹ്സ്കേൽ പ്രവചനം പറഞ്ഞു അങ്ങനെ പുരോഹിതനായ എസ് കെൽ പ്രവാചകനുമായി പ്രവാസികളായി അടിമപ്പാടിലിരിക്കുന്നവർക്ക് പ്രവചനം കൊടുത്തു അവരെ ഉണർത്തി നിങ്ങളിങ്ങനെ വെറുതെ നിങ്ങൾ കരഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ നിങ്ങൾ യെറൂസലേമിലേക്ക് തിരികെ പോകുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം നിങ്ങളെ ദൈവം തിരിച്ചുകൊണ്ടു ചെല്ലണം ദൈവം തന്നെ നിങ്ങളെ തിരിച്ചുകൊണ്ടു ചെന്ന് നിങ്ങൾക്ക് യെറൂസ്ലേമിലെ ആരാധന പുനഃസ്ഥാപിച്ചു തരണം നിങ്ങൾക്ക് അവിടെ ദേവാലയം പണിതു തരണം അവിടെ യാഗപീഠം പണിതു തരണം ദേവാലയത്തിന് വാതിൽ പിടിപ്പിച്ചു തരണം ദേവാലയത്തിന് ചുറ്റും മതിലുണ്ടാക്കിത്തരണം ഇതെല്ലാം ദൈവം ചെയ്തു തരേണ്ട കാര്യങ്ങളാണ് ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ എന്തുണ്ടായി ഇത് കേൾക്കണമോ അന്നുണ്ടായ മഹാസംഭവം ഈ യസ്കാരിയിലും പ്രവചനത്തിന്റെ ഫലമായി ജനമുണർന്നു ജനമുണർന്നു അവരിൽ തന്നെ രണ്ടുപേര് പ്രധാനപ്പെട്ട ഔന്നത്യമുള്ള സ്ഥാനത്തുള്ള രണ്ടുപേര് അവരെ ഉണർന്നു ഒരാള് അന്ന് എറുസേമിലെ ഗവർണറായ സെരുബാവയിലാണ് ഗവർണർ വേറൊരാള് അന്ന് ദൈവജനങ്ങളുടെ ബിഷപ്പായ യോശുവ അല്ലെങ്കിൽ യഹോ സാദാക്കിനായ യോശുവ എന്ന് പറയുന്ന യോശുവ നോന്റെ മനായ യോശുവല്ല മോശയ്ക്ക് ശേഷമുള്ള യോശുവയല്ല യഹോ സാദാക്കിനായി യോശുവ ഒരു മഹാപുരോഹിതൻ ഒരു ബിഷപ്പ് ഉണർന്നു ആ കൂട്ടത്തിൽ ഒരു ഒരു ഗവർണർ ഒരു ഭരണാധികാരി ഉണർന്നു ദൈവത്തിന് സ്തോത്രം എന്തെല്ലാമാണ് നടക്കുന്നത് സ്വർഗ്ഗത്തിലെ ദൈവം ഓരോന്നിങ്ങനെ ചെയ്യുകയാണ് അതാത് സമയത്ത് ദൈവം ചിലരെയൊക്കെ ഉണർത്തുകയാണ് ഞാനിത് പറഞ്ഞു പോകുമ്പോൾ എന്റെ മനസ്സിൽ പല പല ചിന്തകൾ ഇങ്ങനെ വരികയാണ് കർത്താവേ ഉന്നത സ്ഥാനത്തുള്ള ചിലരൊക്കെ ഉണരാൻ പോവുകയാണ് സ്ത്രോത്രം ഉയർന്ന സ്ഥാനത്തിരിക്കുന്നവര് അവരെ ഉണരാൻ പോകുകയാണ് അന്നത്തെ ഭരണാധികാരികൾ ചിലരെ യഹൂദ് ജനതയെ നശിപ്പിക്കാൻ നോക്കുമ്പോൾ വാളമൊങ്ങി നിൽക്കുമ്പോൾ ആ ഭരണാധികാരത്തിലുള്ളവര് തന്നെ ചിലരെ യഹൂദനയെ താങ്ങാൻ തയ്യാറായി വരികയാണ് എല്ലാം നടക്കും ചരിത്രം ആവർത്തിക്കും എന്റെ ദൈവത്തിന് സ്തോത്രം ദൈവമക്കളെ പാവപ്പെട്ട ദൈവമക്കൾ ഈ കബാർ നദീതീരത്തിരുന്ന് കരഞ്ഞാൽ അവരെ ഏകലടിച്ചു കരഞ്ഞാൽ ആ രാധന പുനഃസ്ഥാപിച്ചു തരണമെന്ന് പറഞ്ഞ് കരഞ്ഞാൽ അലരി വൃക്ഷങ്ങളുടെ മേൽ കിന്നരങ്ങൾ തൂക്കിയിട്ടുണ്ട് കരഞ്ഞാൽ സ്വർഗത്തിലെ ദൈവം കേൾക്കും ദൈവത്തിന്റെ സ്തോത്രം എന്ത് സംഭവിച്ചു ജനം യസ്ര എന്ന് പറയുന്ന ഒരു പണ്ഡിതനായ പുരോഹിതൻ അദ്ദേഹം ഒരു ശാസ്ത്രിയാണ് യസ്രാ ശാസ്ത്രിയുടെ നേതൃത്വത്തിൽ ജനമങ്ങോട്ട് തിരിച്ചുപോയി എങ്ങോട്ട് കെറൂസലമിലേക്ക് പോകാൻ കാരണമുണ്ട് അത് ദിനവൃത്താന്തം രണ്ട് ദിനവൃത്താന്ത പുസ്തകം അവസാനത്തെ അധ്യായം അവസാനത്തെ അധ്യായത്തിൽ നോക്കുകയാണ് രണ്ട് ദിനവൃത്താന്ത അവസാനത്തെ അധ്യായത്തിൽ അത് പറയും നോക്ക് വായിക്കാം ദിനവൃത്താന്ത രണ്ടാമത്തെ ദിനവൃത്താന്ത പുസ്തകം മുപ്പത്തിയാറാം അധ്യായം എടുക്കാം പാരഗ്രാഫ് എന്നാൽ ഇരമ്യ മുഖാന്തിന് ഉണ്ടായ യഹോവയുടെ വചനം നിവൃത്തിയാകേണ്ടതിന് പാഴ്സി രാജാവായ കോരച്ചിന്റെ ഒന്നാമാണ്ടിൽ യഹോവാ പാഴ്സി രാജാവായ കോരച്ചിന്റെ മനസ്സുണർത്തി പേർശ്യൻ ചക്രവർത്തിയുടെ മനസ്സ് ദൈവം ഉണർത്തി എന്താണ് നടന്നത് പേർശ്യൻ ചക്രവർത്തിയുടെ മനസ്സുണർത്തി ഈ ജനം അവരുടെ നാട്ടിലേക്ക് പോയിക്കൊള്ളട്ടെ അവരാരാധനയ്ക്ക് പോയിക്കൊള്ളട്ടെ അവരാലയം പടുതട്ടെ പിന്നെ പറയുന്നുണ്ട് ആലയം അതിന്റെ സ്ഥാനത്ത് തന്നെ പണിയട്ടെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ യസ്രാ ശാസ്ത്രയുടെ നേതൃത്വത്തിൽ അങ്ങനെ അവരങ്ങോട്ട് പോയി അന്ന് അതിനുശേഷം വന്ന് അർത്ഥവശിഷ്ട രാജാവിന്റെ കാലത്ത് അന്ന് രാജാവിന്റെ ഫുഡ് മിനിസ്റ്ററായിരുന്നു നഗമ്യാവ് രാജാവിന്റെ ഫുഡ് മിനിസ്റ്റർ അർത്ഥവശിഷ്ട രാജാവിന്റെ അർത്ഥാശാസ്ത്ര സെക്രവർത്തിയുടെ ഫുഡ് മിനിസ്റ്റർ വാനപാത്രവാഹകനായിരുന്നു നഹമ്യാവ് എല്ലാ ഉന്നതന്മാരാണ് അവരെല്ലാം ഉണർന്നു ദൈവത്തിന സ്ത്രോത്രം ഇപ്പൊട്ട ജനമുണർന്നു ഉന്നത സ്ഥാനത്തുള്ളവരുണർന്നു എന്റെ കർത്താവേ ഞങ്ങളുടെ നാട്ടിൽ ഉണർവ് വ്യാപിക്കണമേ കർത്താവേ ഞങ്ങളുടെ സഭകളിൽ ഉടർ വ്യാപിക്കണമേ ചലിക്കണമേ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ മാനസാന്തരപ്പെടണമേ ഉയർന്ന സ്ഥാനത്തിരിക്കുന്നവര് അനുഗ്രഹിക്കപ്പെട്ടവരായി തീരണമേ അവർ മൂലം അനുഗ്രഹങ്ങൾ വരണമേ അവരനുഗ്രഹത്തിന്റെ മുൻപന്തിയിൽ കയറി നിൽക്കണമേ അവര് പാവപ്പെട്ട ഞങ്ങൾക്ക് നേതൃത്വം നൽകണമേ ഹലൂഹ്യ ദൈവത്തിനും സ്തോത്രം പ്രിയപ്പെട്ട തോമസ് ഇരിക്കുന്നുണ്ടല്ലോ പ്രിയപ്പെട്ട തോമസ് സാക്ഷ്യം പറഞ്ഞു പറഞ്ഞതെന്താണ് ഞാന് പട്ടക്കാരനായതിനു ശേഷം എന്നിട്ടും ഞാൻ ഒരു ശവസംസ്കാരത്തിൽ കരഞ്ഞിട്ടില്ല എന്റെ സ്വന്തം പെങ്ങൾ വരിച്ചപ്പോൾ കരഞ്ഞിട്ടില്ല സ്വന്തം അമ്മ വരിച്ചപ്പോൾ കരഞ്ഞില്ല പക്ഷേ വചനം കേട്ടപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞു അച്ഛൻ പറഞ്ഞതാണ് അച്ഛൻ പറഞ്ഞു പറഞ്ഞത് അച്ഛൻ തന്നെയാണ് സാക്ഷ്യം പറയേണ്ടത് പക്ഷെ സമയമില്ലല്ലോ പറഞ്ഞത് എന്താണെന്നോ സ്തോത്രം ഞാൻ ജനത്തോട് എന്റെ കുർബാനയിൽ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം എന്ന് പക്ഷേ എനിക്ക് സമാധാനം ഉണ്ടായിരുന്നില്ല എന്റെ വീട്ടിൽ സമാധാനം ഉണ്ടായിരുന്നില്ല അവിടുത്തെ ആൽമാനുണ്ടായിരിക്കട്ടെ എന്ന് ജനം പറഞ്ഞു പക്ഷേ പറയുന്ന ജനത്തിന് സമാധാനമില്ല പറയുന്ന എനിക്കും സമാധാനമില്ല പക്ഷേ വചനം കേട്ടു ക്രിസ്തു എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു ക്രിസ്തു എന്നെ ഉണർത്തി അതോടെനിക്ക് സമാധാനം കിട്ടി കുടുംബം സമാധാനമായി എന്റെ കർത്താവിന് സ്തോത്രം ദൈവജനമേ ഇന്ന് നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഉണർത്താനാണ് കർത്താവ് ഇതെല്ലാം പറയുന്നത് നിങ്ങൾ ഉണർത്താൻ നിങ്ങൾക്ക് ഉണർന്നുതരംഗർത്താവ് എത്തിക്കുകയാണ് ചില ഉന്നതന്മാർ ഉണരും ജനം ഉണരുന്നു ഉന്നതന്മാരുണരുന്നു സെരിബാവയിൽ സെരിഭാവയിൽ എന്ന ഗവർണർ ഉണരുന്നു യോശുവ എന്ന ബിഷപ്പ് മഹാഭരൂദൻ ഉണരുന്നു ദൈവത്തിന് സ്തോത്രം യസ്രാ ജനത്തിന് നേതൃത്വം കൊടുക്കുന്നു അവരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നു ബാബുലോണിയായിൽ നിന്ന് ഇറാക്കിൽ നിന്ന് അവരെ അങ്ങോട്ട് എറുസിലിമയായി കൊണ്ടുപോകുന്നു നഹമ്യാവ് അവിടെ ഫുഡ് മിനിസ്റ്ററായിരിക്കും പേർശ്ശിയിൽ സാമ്രാജ്യത്തിൽ ഫുഡ് മിനിസ്റ്ററായ നഗമ്യാവ് അവിടെ പേർശ്ശിയിൽ ഉണരുന്നു ദൈവത്തിന് സ്തോത്രം എല്ലാം നടക്കുകയാണ് സഹോദരങ്ങളെ സംഭവിച്ചത് എന്താണ് ആലയും നടക്കുന്നു അതാണ് ഇസ്രായിയുടെ പുസ്തക വിഷയം ദേവാലയം ഇടിഞ്ഞുപൊളിച്ചുപോയ ദേവാലയം പണിയുന്നു അതിനുശേഷം ദേവാലയത്തിനും മതിരമണിയിരുന്നു നെഹുമിയാവിന്റെ പുസ്തൽ വിഷയതാണ് ഇതെല്ലാം പശ്ചാത്തലത്തിൽ പക്ഷേ ഇങ്ങനെ ഈ പേർഷ്യയിൽ നിന്നും ബാവിൽ മണിയായി നിന്നും യെറൂസലേമിലേക്ക് പോയവരിൽ കുറച്ചു പേര് പോയില്ല അടിമകളായി വന്നവരിൽ കുറച്ചുപേര് പോയില്ല അവരവിടെ താമസിച്ചു ഞങ്ങൾക്കങ്ങോട്ട് എരുസേനയിൽ പോകണ്ട ഞങ്ങൾ ഇവിടെ തന്നെ താമസിച്ചോളാം എന്ന് പറഞ്ഞ കുറച്ച് യഹൂദന്മാർ പേർഷ്യൻ സാമ്രാജ്യത്തിൽ നിന്ന് താമസിച്ചു അവരിലൊരാളാണ് എസ്തേർ അവരിലൊരു സുന്ദരി പെണ്ണാണ് എസ്തേർ അവരിലൊരാളാണ് മൊറുദ്ദേർദേഖായിയുടെ ഫസ്റ്റ് കസിനാണ് എസ്തേർ മുർദ്ദേഹായിയുടെ ചിറ്റപ്പന്റെ മകളാണ് എസ്തേർ എസ്തേറിന്റെ അപ്പനും അമ്മയും മരിച്ചുപോയി പിന്നെ ഈ കസിനായ മൊറുദേഖായിയാണ് അവൾ വളർത്തുന്നത് ദൈവത്തിന്റെ സ്തോത്രം കഥ പറയാൻ വീണ്ടും പോവുകയാണ് അന്ന് ഭരിക്കുന്നത് സേരസ ചക്രവർത്തിയാണ് അസേരസ് രാജാവാണ് കുറച്ചെങ്ങുമല്ല നൂറ്റി ഇരുപത്തിയേഴ് സംസ്ഥാനമുണ്ട് എസ്തേന്റെ പുസ്തകം ഒന്നാം ധ്യായം ഒന്നാമി വായിക്കുമ്പോൾ കാണാം ഹിന്ദുദേശം മുതൽ കൂസ്ദേശം വരെ വ്യാപിച്ച് കിടക്കുന്ന നൂറ്റി ഇരുപത്തിയേഴ് ഭരണാധികാരിയാണ് അസേരോസ് ഹിന്ദുദേശം എന്ന് പറയുന്ന ഇന്ത്യയാണ് ഫ്രം ഇന്ത്യ ആൺ ടു ഹിന്ദുദേശം മുതൽ എത്തിയോപ്യ വരെ വ്യാപിച്ച് കിടക്കുകയാണ് ആഫ്രിക്കയിലെ സംസ്ഥാനം വരെയും ഏഷ്യയിലെ ഇന്ത്യ മുതൽ അങ്ങ് വ്യാപിച്ചു കിടക്കുന്ന മഹാസാമ്രാജ്യമായ പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ അധിപതിയാണ് അന്ന് സേഹസ ചക്രവർത്തി രാജാവ് സേഹസ ചക്രവർത്തിയുടെ കാലമാണ് ദ ഗോൾഡൻ ഏജ് ഓഫ് പേർഷ്യ പേർഷ്യയിലെ സുവർണകാലം പ്രിയപ്പെട്ടവരെ ഈ യഹസി രാജാവിന്റെ ഭാര്യ വസ്തി സുന്ദരിയായിരുന്നു പക്ഷേ ഇത്തിരി അഹങ്കാരമുണ്ടായിരുന്നു രാജാവ് വലിയ വിരുന്ന് കഴിച്ചു സ്തി രാജ്ഞിയോട് അവളുടെ സൌന്ദര്യം ജനത്തെയൊക്കെ കാണിക്കാൻ മഹാ വലിയ അതിഥികളൊക്കെ കാണിക്കാൻ ഭാര്യയുടെ സൌന്ദര്യം കാണിക്കാൻ രാജാവ് വസ്തിയോട് വരാൻ പറഞ്ഞു ഭാര്യ പറഞ്ഞു രാജ്ഞി പറഞ്ഞു ഞാൻ വരില്ല എനിക്ക് വേറെ ആരുടെ മുമ്പിൽ എന്റെ എന്റെ മുഖമൊന്നും കാണിക്കാൻ പറ്റില്ല അന്ന് മൂടുപിടം ഇട്ടാണ് നടക്കുന്നത് മൂടുപിടം മാറ്റാൻ ഞാൻ തയ്യാറല്ല ഞാൻ തയ്യാറല്ല ഞാൻ വരില്ല രാജാവ് ആളെ പറഞ്ഞു വിട്ടിട്ട് വന്നില്ല എന്ന രാജാവ് ദേഷ്യം വന്നു രാജാവ് എന്തു ചെയ്തു രാജാവ് ഗോപൃഷ്ണനാണ് വസ്തി രാജാവ് രാജസ്ഥാനത്ത് മാറ്റിക്കളഞ്ഞു രാജസ്ഥാനത്ത് മാറ്റി അവളെ ഇറക്കി വിട്ടു കൊട്ടാരത്തിനിന്ന് ഇറക്കി വിട്ടു ഈ രാജാവിനെ നശിപ്പിക്കാൻ നോക്കിയ ചില കുതന്ത്രശാലികളായ ചില മന്ത്രിമാരുണ്ടായിരുന്നു അവരൊക്കെയാണ് രാജാവിന് എരുക്കൂട്ടിക്കൊടുത്ത് വാശി പിടിപ്പിച്ചത് വസ്തിയെ വിട്ടു രാജാവ് ഏകാഗ്രിയായി രാജാവ് സമ്പൽ സമൃദ്ധിയുടെ നടുനായകമണിയായി ശോഭിക്കുന്നു പക്ഷേ രാജാവിന് ഭാര്യ ഇല്ല ഭാര്യയെ വിട്ടുകളഞ്ഞു രാജാവിനെ ഒരു പ്രയാസം ഏകാന്തത ഭാര്യയെ വെറുതെ പറഞ്ഞു വിട്ടതല്ലേ പെട്ടെന്നുള്ള കോപത്തിന് അത് ചെയ്തത് ചില കുടുംബങ്ങളിലേക്കെങ്ങനെയുണ്ട് പെട്ടെന്നുള്ള കോപത്തിന് വാശി പിടിക്കും പെട്ടെന്നുള്ള കോപത്തിന് ഭർത്താവിൽ വാശി പിടിച്ച് സ്വന്തം വീട്ടിൽ പോയി നിൽക്കും കുറച്ചുനാൾ കഴിയുമ്പോഴാണ് പാവം പെങ്കോസിന് വിഷമം അവൾക്ക് വെപ്രകളം അവിടെ നാത്തൂന്റെ പോരും അവിടെ അവിടെ വീട്ടിലെ ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെയായി പാവം പെൺകുട്ടി വിഷമിക്കുകയാണ് പ്രിയപ്പെട്ടവരെ എന്തുണ്ടായി രാജാവിന് ഏകാഗ്രത പെട്ടെന്നുള്ള വാശിക്കാണ് ഇപ്പൊ ചെയ്തത് നിങ്ങളാരും പെട്ടെന്ന് വാശി പിടിച്ച് ഒന്നും ചെയ്തേക്കരുത് കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കരുത് പെട്ടെന്ന് വാശി പിടിച്ച് അപ്പനോട് മത്സരിക്കരുത് പെട്ടെന്ന് വാശി പിടിച്ച് മക്കളോട് കോപിക്കരുത് വാശി പിടിച്ച് അപ്പനെയും അമ്മയും വിട്ട കണ്ട ഏതെങ്കിലും ഒരാളുടെ ചെറുപ്പക്കാരന്റെ പുറകെ ഇറങ്ങി പോകരുത് മക്കളെ പറഞ്ഞുതരാം പെട്ടെന്നുള്ള വികാരത്തിന്റെ വേലിയേറ്റത്തിൽ പെട്ടെന്ന് കമ്മണ്ടതരം കാണിക്കരുത് ഒന്ന് ചിന്തിക്കേ ഇത്രയും കാലം നിന്നെ കൈയ്യോ ഗാലോ വളരുന്നു നോക്കി വളർത്തിയ അപ്പനെയമ്മയ്ട്ടെച്ച് മോളെ നീയെ അപ്പോൾ ഈയിടെ കണ്ട് ഒരു മൊബൈൽ ഫോണിൽ കൂടി പരിചയം കിട്ടിയ ഒരു ചെറുപ്പക്കാരന്റെ വയയിൽ കുടുങ്ങി നീ കണിയിൽപ്പെട്ട് നീ നഷ്ടപ്പെട്ടു പോകരുത് നശിച്ചു പോകരുത് അപകടം പറ്റി പോകരുത് ചെറുപ്പക്കാരെ നിങ്ങൾ അപകടത്തിൽ പോകരുത് ദൈവത്തിന് സ്തോത്രം ഇത്രയും നാളും സ്നേഹിത നിന്നെ നീ നല്ല പ്രായമായി ഇത്രയും ആളും നിന്നെ പോറ്റി പുലർത്തുകയും നിന്നെ വാത്സല്യത്തോടെ സ്നേഹത്തോടെ വരലാളിക്കുകയും നിന്നെ നിന്റെ ജീവിതത്തിൽ എന്തും നീ പറയുന്നതല്ല അനുസരിക്കുകയും ചെയ്ത ഭാര്യയെ ചവിട്ടി തേച്ചിട്ട് അവളെ തട്ടി എറിഞ്ഞെടുത്ത് ഒഴിച്ചു മാറ്റിയിട്ട് നീ അന്യസ്ത്രീയുടെ പുറകെ മോഹിച്ചു പോകരുത് സ്ത്രോത്രം പെട്ടെന്നുള്ള വികാരത്തിൽ പെട്ട് അവസ്ഥത്തിൽ പോകരുത് ഇപ്പോൾ ഓഫീസിൽ കണ്ട് പരിചയപ്പെട്ട ഒരു മനുഷ്യനുമായി മകളെ നീ നിന്റെ ഭർത്താവിനെ മറന്നിച്ച് അവന്റെ കൂടെ ജീവിക്കാൻ നീ വരുമ്പെടരുത് ദൈവത്തിന് സ്തോത്രം പെട്ടെന്നുള്ള വികാരത്തിന്റെ വേലിയേറ്റത്തിൽ മണ്ടത്തിലൊന്ന് കാണിച്ചു പോകരുത് രാജാവ് അസ്തിയെ പറഞ്ഞു വിട്ടു രാജാവിന്റെ ഭാര്യയെ പറഞ്ഞു വിട്ടു രാജാവിനെ ഏകാഗ്രതയായി വീണ്ടു വിചാരമായി രാജാവ് നമ്മൾ ആനവദനായി അവസര രാജാവ് സുവർണ യുഗത്തിലെ ചക്രവർത്തിയാണ് നമ്മളവദനായപ്പോൾ അന്നത്തെ മന്ത്രിമാരും സേനാധിപന്മാരും ഒക്കെ രാജാവിനെടുക്കു രാജാവ് അങ്ങനെ ഏകാഗീരിക്കുന്നത് ശരിയല്ല ഞങ്ങളങ്ങ ഭാര്യയെ കൊണ്ടുവരട്ടെ അങ്ങനെ അന്ന് അനേകം സുന്ദരിമാരെ തെരഞ്ഞെടു കൊണ്ടുവന്നു അതിൽ ആരെയാണ് തെരഞ്ഞെടുക്കേണ്ടത് എന്ന് ഒരു ഒരു ഒരു ഒരു ഒരു സെലക്ഷൻ നടത്തി സെലക്ഷൻ നടത്തിയപ്പോൾ കിട്ടിയത് എസ്തേറിനെയാണ് സുന്ദരി സൗശല്യവതി പ്രിയപ്പെട്ടവരെ ഈ സുന്ദരിയായ എസ്തേറിനെ രാജാവ് രാജ്ഞിയാക്കി അതിന്റെ പിന്നിൽ കഥകളൊക്കെ ഉണ്ടൊക്കെ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല എസ്തേറിനെ രാജ്ഞിയാക്കി പക്ഷെ എസ്തേർ യഹൂദ സ്ത്രീയാണ് അവളുടെ ജാതികൾ പറഞ്ഞില്ല അവൾക്ക് മൊറദ്ഘായുടെ പ്രത്യേക നിർദ്ദേശമുണ്ടായിരുന്നു ജാതി ഒന്നും പറയണ്ട മോളെ നിന്റെ ജാതിയൊന്നും പറയണ്ട നീ യഹൂദസ്ത്രീയാണെന്ന് പറയണ്ട യഹൂദശ്രീയാണെന്ന് പറഞ്ഞാൽ പക്ഷേ അവിടെ ശത്രുക്കളുണ്ട് രാജാവിന്റെ കൂടെയുള്ള സേവകരിൽ യഹൂദ ജാതിക്ക് ശത്രുക്കളുണ്ട് നീ മിണ്ട അങ്ങനെ നീ കാര്യം തുറന്നു പറഞ്ഞാൽ പക്ഷേ നിന്നെ രാജസ്ഥാന രാജ്ഞിയുടെ സ്ഥാനത്താക്കിയില്ല എന്ന് വരും മിണ്ട എന്ന് പറഞ്ഞു ജാതിയും കൊലവും അറിയിച്ചില്ല ജാതിയും വംശവും അറിയിക്കാതിരുന്നു വേദസം വായിക്കുമ്പോൾ കാണാം ജാതിയും വംശവും അറിയിക്കാതെ ഇരുന്നു രാജാവിന് പ്രത്യേകതയുണ്ട് അന്നത്തെ സാമൂഹികമായ ചില കാര്യങ്ങളാണത് എന്താണ് രാജാവിന്റെ അടുക്കൽ ഭാര്യ കടന്നിട്ടുണ്ടെങ്കിൽ പോലും പ്രത്യേക അനുവാദം വേണം ഞാനത് വായിച്ചപ്പോൾ ഞാൻ ഓർത്തു എന്റെ ദൈവമേ ഇപ്പോൾ ഭാര്യയ്ക്ക് എപ്പോൾ വേണം കടന്നു വരാം അല്ലേ നമ്മുടെയൊക്കെ വീടുകളിൽ പ്രത്യേക അനുവാദം വേണ്ട ഭർത്താവിന്റെ കടന്നിട്ട് അനുവാദം വേണോ അങ്ങനെയുള്ള ഭർത്താക്കന്മാരുണ്ടോ ഉണ്ടോ ഭാര്യയ്ക്ക് പ്രത്യേക സമയങ്ങളിലൊക്കെയോ കടന്നു വരാവൂ ഭർത്താവിന്റെ അടുക്കൽ ഞാനൊന്നു പറഞ്ഞോട്ടെ നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങൾ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കണം ഭാര്യക്ക് നിങ്ങളെ ഉപദേശിക്കാൻ സ്വാതന്ത്ര്യം കൊടുക്കണം ഓ യോന സാർ പറഞ്ഞു പറഞ്ഞ് ഭാര്യയോട് എടിമയാക്കാൻ അല്ല മക്കളെ അല്ല നിങ്ങളെ ഉപദേശിക്കാൻ ഭാര്യയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം നിങ്ങളെ കറക്റ്റ് ചെയ്യാൻ ഭാര്യയ്ക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ ഭാര്യയ്ക്ക് സ്വാധീനം കൊടുക്കണം പോവോ കൊടുക്കുന്നുണ്ടോ അവളെന്റെ വേലക്കാരിയല്ലേ എന്നാലേ മാതാവ് പ്രസംഗിച്ചപ്പോഴ് തക്ക തുണയെന്നു പറഞ്ഞല്ലേ അതാ അവന്റെ അത് തക്ക തുണ ഹെൽപ്പ് മെയ്റ്റ് ഹെൽപ് മെയ്റ്റ് ഇന്ന് ചിലർ വിചാരിക്കുന്നത് ഹെൽപ്പ് മീറ്റ് മൈ മീറ്റ് എന്താ നിങ്ങൾക്ക് മനസ്സിലായോ അർത്ഥം മനസ്സിലായോ വേണ്ട അറിയണ്ട പല ഭർത്താക്കന്മാരും ഇന്ന് ഭാര്യ ഒരു വേലക്കാരിയെ പോലെയൊക്കെയാണ് കണക്കാക്കുന്നത് അവളെന്റെ കാര്യങ്ങളൊക്കെ നോക്കിത്തരാനുള്ള എന്റെ എന്റെ ഒരു വേലക്കാരി നല്ല പ്രിയഹരി അല്ല അവിടെ പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കണം മറിച്ച് സ്ത്രീകളോടും പറഞ്ഞോട്ടെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് നിങ്ങളുടെ തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിക്കാൻ നല്ല സ്വാതന്ത്ര്യം കൊടുക്കണം സ്വാതന്ത്ര്യം കൊടുക്കുന്ന എന്താ അതിന്റെ അർത്ഥം ഭർത്താവ് തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ മുഖം വീർപ്പിക്കരുത് ഭർത്താവ് നിങ്ങളുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ കെറുവിക്കരുത് ഭർത്താവ് തെറ്റു ചൂണ്ടിക്കാണിച്ചാൽ ഭർത്താവ് ഒന്ന് വഴക്കു പറഞ്ഞാൽ ഭർത്താവ് ഒന്ന് പരിഭവിച്ചാൽ അപ്പോൾ പെട്ടെന്ന് പിടയ്ക്കരുത് ദേഷ്യം വരരുത് കോപിക്കരുത് അതാ ഈ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് മനസ്സിലായോ പറഞ്ഞത് അനേകം കുടുംബങ്ങളിൽ നിന്ന് ഭാര്യയാവർത്ത ബന്ധത്തിൽ വിടവുകളാണ് സ്നേഹമില്ല ഐക്യമില്ല വണ്ണസില്ല ഹാർമണിയില്ല ഒരു മനസ്സില്ല ഏകദാനതയില്ല സമഞ്ജസ്യമില്ല എന്ന് മലയാളത്തിൽ നല്ല വാക്കു പറയാം സാമഞ്ജസ്യമില്ല ഹാർമണിയില്ല പ്രിയപ്പെട്ടവരെ പൂർണ്ണ സ്വാതന്ത്ര്യം ഭാര്യയ്ക്കും ഭർത്താവിനും അവിടെ സ്വർഗമാണെന്ന് ഞാൻ പറയും ഹലോലോയ്യാ ദൈവത്തിന് സ്തോത്രം എന്റെ ഭാര്യയോട് ഇരിപ്പുണ്ട് എന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് തിരുത്താറുള്ളറിയാമോ ഞാൻ പരസ്യമായിട്ട് പറഞ്ഞോട്ടെ എന്നെ എന്തെല്ലാം കാര്യങ്ങളില് നിങ്ങൾക്ക് തോന്നും അങ്ങനെയാണോ യോന സാറൊരു കർത്താവിന്റെ ദാസനായിട്ട് കർത്താവിന്റെ വേലയുന്നയാളെ തിരുത്താൻ അങ്ങ് തെറ്റൊക്കെ വരാറുണ്ടോ ദൈവത്തിന് സ്തോത്രം ലജ്ജ കൂടാതെ പറയാം എന്നെ തിരുത്താൻ എന്റെ ഭാര്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് സ്തോത്രം എനിക്കും എന്റെ ഭാര്യയെ തിരുത്താൻ പൂർണ്ണ സ്വാതന്ത്ര്യമാണ് തെറ്റുകൾ ചൂണ്ടിക്കാണിക്കും ചിലപ്പോൾ വഴക്ക് പറയും വഴക്കില്ല കോപിക്കില്ല ദൈവത്തിന് സ്തോത്രം എന്റെ പിള്ളേര് പറയും ഇത്രയും ഞങ്ങള് തമാശ ഒക്കെ പറയുമല്ലോ എന്ന് ഞാനൊരു ഭാര്യയും ഉറ്റുപൂട്ടി തമാശ ഒക്കെ പറയും എന്തിനാ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ ഐക്യം വേണം വണ്ണസ് വേണം ഈ എസ്തേറിന് ഭർത്താവിന്റെ വിളിച്ചെല്ലാൻ അനുവാദം വേണം അതിന് അനുവാദം ചെല്ലുന്നതിന് ചെല്ലുമ്പോൾ അങ്ങ് അടുക്കളക്ക് ചെല്ലാൻ നേരത്ത് വാതിക്കൽ മുഖം കാണിക്കുമ്പോൾ രാജാവിന്റെ പൊഞ്ചങ്കോൽ അവളുടെ നേരെ നീട്ടിയാൽ കടന്നിയെല്ലാം ഇല്ലെങ്കിൽ കടന്നു പറ്റില്ല അന്നത്തെ ഒരു സോഷ്യൽ കസ്റ്റമാണ് എനിക്കറിയാൻ പാടില്ല എന്താണ് കസ്റ്റം എന്താണെന്ന് സച്ച ബാർബേറിയൻ കസ്റ്റമെന്ന് ഞാൻ പറയും അത് ഒരു പഴഞ്ചൻ സമ്പ്രദായം പറയാൻ വേണമെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ മുറിയിൽ കടന്നു ചെല്ലുമ്പോൾ ഭർത്താവിന്റെ കയ്യിലെ അധികാരത്തിന്റെ ഇതെണ് അധികാരത്തിന്റെ ചെങ്കോൽ പൊൻ ചെങ്കോൽ ഭർത്താവ് ഭാര്യയുടെ നേരെ ഉയർത്തി കാണിച്ചാൽ മാത്രമേ കടന്നു ചെല്ലാവൂ പ്രിയപ്പെട്ടവരെ അങ്ങനെയിരിക്കേ ഈ രാജകൊട്ടാരത്തിന്റെ പഠിക്കലാണ് ഈ എസ്തകറിന്റെ ക്ഷേമം അന്വേഷിക്കാൻ മൊർദ്ദേ ഇരിക്കുന്നത് കഥ പറഞ്ഞുപോയ സമയം പോകുമല്ലോ പക്ഷേ കഥ പറയാണ്ട് പറ്റൂല എങ്കിലല്ലേ എനിക്ക് നാളെ ദൈവം കറവ ചെയ്ത് ദൈവം കൃപ് തന്നാൽ കൂടുതൽ ആത്മീയ പാഠങ്ങൾ പറയാൻ പറ്റൂ സ്തോത്രം മൊർദേഖായി എന്ന് പറയുന്ന ആ യഹൂദ മതത്തിൽ നിഷ്ഠയുള്ളവനായ ആ നല്ല മനുഷ്യൻ രാജാവിന്റെ കൊട്ടാരത്തിന്റെ പരിസരത്ത് ഇങ്ങനെ സഞ്ചരിക്കും അവൻ അവിടെ കൊട്ടാരത്തിന്റെ വാതുക്കൽ ഗേറ്റിങ്ങൾ ഒക്കെ ഞാൻ കൊട്ടാരത്തിലേക്ക് അയച്ച എന്റെ സ്വന്തപ്പെട്ട യസ്തറിന് ക്ഷേമമാണോ ഇതൊക്കെ അന്വേഷിക്കുക ഇതുമാത്രമേ ഉദ്ദേശമുള്ളൂ ഈ മൊറദേഹായി അവിടെ ഇരിക്കുമ്പോഴാണ് രാജാവിന്റെ ഒരു മന്ത്രി അവന്റെ പേര് ഹാമാൻ എന്നാണ് ഭയങ്കര ഹുങ്കുള്ളൊരു മന്ത്രിയാണ് ഭയങ്കര ദുഷ്ടനായൊരു മന്ത്രിയാണ് ഹാമാൻ എന്ന് പറഞ്ഞാൽ ഈ ഷേക്സ്പിയറുടെ ഇയാഗോ പോലത്തെ ഒരു കഥാപാത്രമാണ് അത് പറഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലാവില്ല ഒരു ദുഷ്ടകഥാപാത്രം നീചനായ കഥാപാത്രം ഹാമാൻ ഹാമാൻ എന്നുള്ള വാക്ക് പിൽക്കാലത്ത് സാഹിത്യത്തിൽ ദുഷ്ടതയ്ക്ക് പര്യായമായി ഉപയോഗിച്ചിട്ടുണ്ട് ഹാമാൻ ഈ ഹാമാൻ അവനെ കാണുമ്പോൾ എല്ലാവരും എഴുന്നേൽക്കണം മന്ത്രി പോകുമ്പോൾ എല്ലാവരും എഴുന്നേൽക്കണം ചില ഉന്നതന്മാരുണ്ടല്ലോ കാണുമ്പോൾ ഓടിച്ചെന്ന് വിനയപൂർവ്വം കൈമ വിനയപൂർവ്വം താഴ്ന്ന ഇങ്ങനെ താണു നിൽക്കണം എന്നൊക്കെയുള്ള ആഗ്രഹമുള്ളവരുണ്ടല്ലോ അങ്ങനെയുള്ള ഓടിച്ചെന്ന് താഴമെന്ന് വിചാരിക്കുന്ന അഹങ്കാരികളായ ഭരണർത്താക്കളുണ്ട് ഈ ഹാമാന് എല്ലാരും എഴുന്നേൽക്കുമ്പോൾ മൊർദ്ദേഖായിക്ക് ഈ അഹങ്കാരിയെ ഹാമാനെ ഇഷ്ടമല്ല മൊറദേഖായി എഴുന്നേൽക്കൂല മൊറദേഖായ് ഹാമാനെ കണ്ട് എഴുന്നേറ്റില്ല ഞാനിടയ്ക്ക് ഒന്ന് ചിന്തിച്ചു ഒന്നിങ് എഴുന്നേറ്റവളായിരുന്നു എഴുന്നേറ്റിരുന്നെങ്കിൽ പിന്നെ ഇത്രയും കുഴപ്പങ്ങൾ വരില്ലായിരുന്നു വലിയ കുഴപ്പങ്ങളാണ് പിന്നെ വന്നത് ഒന്ന് എഴുന്നേറ്റല്ല ചേതം മന്ത്രിയല്ലേ അങ്ങ് എഴുന്നേറ്റം എഴുക്കണം പക്ഷെ മൊറദേഹായി ദൈവത്തിന്റെ ആത്മാവിൽ കരുത്തുള്ളവനായി നിന്നതുകൊണ്ട് അഹങ്കാരമല്ല ഈ ദുഷ്ടതയെ എതിർക്കുന്ന മനുഷ്യനായതുകൊണ്ട് ഹാമാനെ കണ്ടപ്പോൾ മർദ്ദേഖായി എഴുന്നേറ്റില്ല ഹാമാൻ അന്വേഷിച്ചു ആരാ എന്നെ കണ്ടിട്ട് എഴുന്നേക്കാച്ചേ അപ്പോൾ മറ്റേ വേലക്കാരൊക്കെ പറഞ്ഞു അവർ എരിക്കുട്ടിക്കൊടുത്തു വശി പിടിപ്പിച്ചു അതെ അയാൾ അങ്ങനെയാ യഹൂദനാ യഹൂദന യഹൂദന്മാർ പൊതുവെ അഹങ്കാരികളാണല്ലോ ആ യഹൂദൻ അങ്ങേ കണ്ടിട്ട് എഴുന്നേൽക്കുന്നില്ല ഞങ്ങൾ നോട്ട് ചെയ്തതാണ് ഞങ്ങളിന്നത് അത് കണ്ടതാണ് ഞങ്ങൾ പറഞ്ഞു കൊടുത്തു ഹാമാനാണ് വലിയ മന്ത്രിയാണ് രാജാവിന്റെ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് എഴുന്നേക്കിട്ടുള്ളത് പറഞ്ഞു കൊടുത്തതാണ് പക്ഷേ അവൻ എഴുന്നേൽക്കില്ല അവൻ ഇത്തിരി അഹങ്കാരിയാണ് ഹാമാൻ തീരുമാനിച്ചു ഹാമാൻ തീരുമാനിച്ചു ഈ മൊറദേഖായി ഒന്ന് ശിക്ഷിക്കണം എന്നെ കണ്ട് മാനിച്ചില്ലെങ്കിൽ അവനെ വെറുതെ വിട്ടാ പറ്റുമോ ഹാമാൻ ഓർത്തു മൊർദ്ദേ മാത്രം ശിക്ഷിച്ചാൻ എനിക്ക് അധികാരം അധികാരം കയ്യിലുള്ളപ്പോൾ കുറച്ച് അക്രമം ചെയ്താലെന്താ അത് ഈ ഹാമാൻ നിശ്ചയിച്ചു മൊറുദ്ദേ മാത്രം പോരാ മൊറുദ്ദേ വംശത്വം മുഴുവനും ഇപ്പോൾ നമ്മൾ ഇപ്പോ എന്നോടൊരാൾക്ക് എഴുക്കുണ്ടെങ്കിൽ എന്നോട് വഴക്ക് തീർക്കാൻ ഈ കൂട്ടായ്മയെ മുഴുവനും ഉപദ്രവിക്കാൻ തുടങ്ങുക എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും അതുപോലെ അതുപോലെ ഹാമാൻ തീരുമാനിച്ചു മൊർദ്ദായയോടുള്ള വാശി തീർക്കാൻ അതിന് ആ യഹൂദവംശത്തെ മുഴുവനും മുടിക്കുന്നൊരു കൽപ്പന പുറപ്പെടുവിക്കണമെന്ന് തീരുമാനിച്ചു ഒരു രാജകീയ കൽപ്പന പുറപ്പെടുവിക്കാൻ തീരുമാനിച്ചു ഹാമാൻ അതിന് അന്നത്തെ ചക്രവർത്തിയായ അഗസരസിന്റെ അടുക്കൽ കുറച്ചല്ല ഒരു വൻ തുക ഞാൻ കണക്കൂട്ടി നോക്കിയപ്പോൾ വലിയ തുകയാണ് കാരണം ബൈബിളില് പറഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ അത്ര വലിയ തുകയാന്ന് വിചാരിച്ചില്ല ഒരു വലിയ തുക കൊണ്ടുപോയി കണ്ടുകാഴ്ച കൊടുത്തു രാജാവിന്റെ മുമ്പിൽ രാജാവിന്റെ മുമ്പിൽ വൻതുകൻതുക കൊടുക്കണമെന്നില്ല രാജാവിന്റെ മുമ്പിൽ അന്ന് ഹാമാൻ കൊടുത്തു വൻതുകയാണെങ്കിലും ഇന്നിപ്പോൾ കൊടുക്കുന്നത് രാജാവിന് സഹായമായ ഏതെങ്കിലും ചില പ്രത്യേക ആനുകൂല്യങ്ങളായിരിക്കാം രാജാവിന് ഒരു സ്ഥാനമാനങ്ങൾ കൊടുക്കാൻ ചാൻസ് വന്നാൽ അതായിരിക്കാം അങ്ങനെ എന്തെങ്കിലും അപ്പോൾ രാജാവിന്റെ ഒരു കടപ്പാട് വന്നില്ലേ രാജാവോട് പറഞ്ഞു നമ്മുടെ നാട്ടിൽ രാജാവി നമ്മുടെ നാട്ടിലുണ്ടല്ലോ രാജാവി തിരുവേനി നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഒരു ജാതി ഒത്തിരി അഹങ്കാരികളായ ഒരു ജാതിയുണ്ട് അവര് നമ്മുടെ ചട്ടങ്ങൾക്കൊന്നും കീഴ്പ്പിടുന്ന കൂട്ടരല്ല അവരൊരു പ്രത്യേക വർഗമാണ് അവർക്ക് അവരുടെ കാര്യമാണ് അവരുടെ വിഷയം അവരുടെ കൂട്ടായ്മ അവരുടേതായ സഭ അവരുടേതായ സമുദായം അവിടെ അവർക്ക് വലിയ പരസ്പര സ്നേഹമൊക്കെയാ രാജാവിനൊന്നും ബഹുമാനമില്ല അവർക്ക് അവർക്ക് രാജാവിനോട് ഒരു ഒരു മാന്യത കല്പിക്കുന്നില്ല രാജാവിനെ മാനിക്കാത്ത കൂട്ടരാണ് അതുകൊണ്ട് അവരെ വെറുതെ വിട്ടാ പറ്റില്ല നീ എന്തു ചെയ്യണോ നന്ദി പറയുന്നത് എന്റെ അഭിപ്രായം അവരെ മുഴുവനായിട്ട് മുടിച്ചു കളയണം അപ്പൊ നമ്മൾ ഇന്ന് മുടിക്കണ്ട നമ്മുടെ ഈ പേർഷ്യൻ സമ്രായത്തിലുള്ള ളുകള് യഹൂദന്മാരെ എല്ലാം കൊന്നു മുടിക്കാൻ ഒരു ദിവസം ഞാൻ കണ്ടുപിടിക്കാം ഞാനൊരു ചീട്ടിടാം പൂരീം എന്ന് പറയുന്ന ഒരു ചീട്ടിട്ട് ഒരു ദിവസം കണ്ടുപിടിച്ചു വെച്ചാൽ യഹൂദന്മാരെ മുഴുവൻ കൊന്നൊടുക്കാനുള്ള ഒരു ദിവസം കണ്ടുപിടിച്ചു ആ ദിവസം എല്ലാ നൂറ്റി ഇരുപത്തിയേഴ് യഹൂദന്മാരെ അതാത് ദേശത്തുള്ള അവിടെയുള്ള മറ്റുള്ളവർക്ക് ആക്രമിക്കാം കൊല്ലം കവർ ചെയ്യാം യഹൂദിമാരുടെ ഇതെല്ലാം കവർന്നെടുക്കാം കൂട്ടമായി നശിപ്പിക്കാം എന്നുള്ളൊരു കൽപ്പന അവിടുന്ന് പുറപ്പെടുവിച്ചാൽ മതി രാജാവ് പറഞ്ഞു ഞാൻ എന്റെ മുദ്രാമോതിരൻ തരാം നീ തന്നെ കൽപ്പന എഴുതിക്കോ നിനക്കതിനുള്ള പവർ തരാം എന്റെ എന്റെ സെക്രട്ടറിയായിട്ട് ഞാൻ നിന്നെ വെച്ചിരിക്കുന്നു അതിനുള്ള പവർ നിന്റെ കയ്യിലേക്ക് തരാം ആ പവർ ഉപയോഗിച്ച് നീ കൽപ്പന എഴുതിക്കോ ആ കൽപ്പന നീ പുറപ്പെടുവിച്ചോ യഹൂദിന്മാരെ മുഴുവൻ മുടിക്കാനുള്ള കൽപ്പന നീ എഴുതിക്കോ അങ്ങനെ അങ്ങനെ ഹാമാൻ കൽപ്പന എഴുതിച്ചു രാജാവിന്റെ മുദ്രാമോതിരം കൊണ്ട് മുദ്ര വെച്ചു പാവൻ രാജാവ് ഒന്നും ട്ടോ തന്റെ ഭാര്യയായി ഈ യഹൂദ സ്ത്രീയാണെന്ന് രാജാവ് ഓർത്തല്ല രാജാവിനറിയാൻ പാടില്ല എന്തുണ്ടായി കൽപ്പന അങ്ങ് ചെന്നപ്പോഴേക്കും നാടാ നൂറ്റി എഴുപത്തിയേഴ് സംസ്ഥാനങ്ങളിൽ ഒരു പ്രത്യേക ദിവസം യഹൂദന്മാരെ കൊള്ളയടിക്കും യഹൂദന്മാരെ കൊല്ലും കവർച്ചയെയും എല്ലാം തട്ടിയെടുക്കും വലിയ അമ്പരപ്പായി മൃതദേഹമായി തലയിൽ പുഴി വാരിയിട്ടുകൊണ്ട് രാജധാനിക്ക് ചുറ്റും കരഞ്ഞുകൊണ്ട് നടക്കുകയാണ് കൊട്ടാരത്തിന്റെ മതിലിനു ചുറ്റും ആരോ പറഞ്ഞ് അറിഞ്ഞു എസ്തേർ അറിഞ്ഞു മൃതദേഹമായി വസ്ത്രം കീറി തലയിൽ പുഴി വാരിയിട്ടുണ്ട് ഇങ്ങനെ കരഞ്ഞുകടന്നപ്പോൾ ഒരു നല്ല വസ്ത്രം കൊടുത്തയച്ചു എന്തിനായി വസ്ത്രം കീറിക്കിടന്നത് നല്ല വസ്ത്രം കൊടുക്കേ ഉടനെ മൃതദേഹായി പറഞ്ഞു ഞാൻ നല്ല വസ്ത്രമൊന്നും കൊടുക്കാനില്ല നമ്മുടെ ജാതിക്ക് നാശം വന്നിരിക്കുന്നു നീ ഈ സമയത്തും ഇണ്ടാതിരുന്നാൽ യഹൂദജാതിക്ക് മറ്റൊരു സ്ഥലത്ത് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും നീയും നിന്റെ വിദ്രോഹനും നശിച്ചുപോകും ഇങ്ങനെയുള്ള ഒരു കാര്യത്തിനായിട്ടല്ലയോ നിന്നെ രാജസ്ഥാനത്ത് വരുത്തിയിരിക്കുന്നത് ആർക്കറിയാം നാലാമധ്യായം പതിനാലാ വായിക്കാം നാലാമധ്യായം നാലു മൂന്ന് അഞ്ച് നാലാമധ്യായം എസ്തേന്റെ പുസ്തകം നാലാമധ്യായം പതിനാലാം മാക്കി വായിച്ചു പതിനാലാണോ പതിമൂന്നാം ബാക്കി മുതലേ നീ രാജധാനിയിലിരിക്കാൽ എല്ലാ യഹൂദന്മാരിലും വെച്ച് രക്ഷപ്പെട്ടുകൊള്ളാമെന്ന് നീ വിചാരിക്കേണ്ട അദ്ദേഹമായി പറഞ്ഞയച്ചു നീ രാജധാനിയിലിരിക്കാൽ എല്ലാ യഹൂദന്മാരിലും വെച്ച് രക്ഷപ്പെട്ടുകൊള്ളാമെന്ന് നീ വിചാരിക്കേണ്ട നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്തുനിന്ന് ഉദ്ധാരണവും രക്ഷയുണ്ട് യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്തുനിന്ന് ഉദ്ധാരണവും രക്ഷയുണ്ട് യഹൂദന്മാരെ ദൈവം രക്ഷിക്കും കാരണം അബ്രഹാമിനെ കൊടുത്ത വാഗ്ദത്തെ എനിക്കറിയാം അബ്രഹാം പിതാവിന് ദൈവം വരാൻ കൊടുത്തിട്ടുണ്ട് ആർക്കും നിന്നെ നശിപ്പിക്കാൻ സാധ്യമല്ലെന്ന് അബ്രഹാമിനോട് ദൈവം പറഞ്ഞിട്ടുണ്ട് നിന്നെ ശപിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാണ് ദൈവം കൊടുത്ത വാഗ്ദത്ത് നിന്നെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടവനെന്നാണ് ദൈവം കൊടുത്ത വാഗ്ദത്തം അബ്രഹാമിന്റെ സന്തതിയെ നശിപ്പിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് യഹോദാതിക്ക് മറ്റൊരു സ്ഥലത്ത് ഉദ്ഹാരണവും രക്ഷയും ഉണ്ടാകും എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും നീ അറിഞ്ഞോളൂ നീയും നിന്റെ പിതൃഭവനം നശിച്ചു പോകും ദൈവത്തിന്റെ നീ സമയത്തും ഇണ്ടാതിരുന്നാൽ നീ മിണ്ടേണ്ട സമയത്ത് മിണ്ടിയില്ലെങ്കിൽ യഹൂദ്ജാതിക്ക് നാശമൊന്നും വരില്ല പക്ഷേ നീയും നിന്റെ വിദ്രോഹനം നശിച്ചു പോകും ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലേയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യത്തിനായിട്ടല്ലെയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്ന രാജ്ഞിയായിരിക്കുന്നതിന് കാരണം ദൈവം യാദൃശ്യമായിട്ട് നിന്നെ കൊണ്ടുവന്നതല്ല ദൈവത്തിന്റെ കരം തന്നെയാണ് നിന്നെ രാജ്ഞിയാക്കിയിരിക്കുന്നത് യഹൂദാതിക്ക് ഉദ്ധാരണം കിട്ടുന്നതിന് വേണ്ടി നിന്നെ ഈ രാജസ്ഥാന ദൈവം തന്നെ കൊണ്ടുവന്നതാണ് മകളെ നീ ഈ സമയത്ത് മിണ്ടാതിരിക്കരുത് വേദപുസ്തകത്തിലെ ഏറ്റവും നീണ്ട വാക്യമാണിത് വേദപുസ്തകത്തെ ഏറ്റവും നീണ്ട വാക്യം എന്താണ് പറഞ്ഞത് നീ രാജധാനിരിക്കാൽ എല്ലാ യഹൂദന്മാരിലും എല്ലാ യഹൂദന്മാരിലും വെച്ച് രക്ഷപ്പെട്ടിട്ടുള്ള നീ വിചാരിക്കേണ്ട നീ ഈ സമയത്തും വേണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും എന്നാൽ നീ ഇതിന്റെ പിതൃഭവനവും നശിച്ചു പോകും ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത് ആർക്കറിയാം അത്രയും ഭാഗം മുഴുവൻ ഇംഗ്ലീഷ് ബൈബിളിലെ ഒറ്റവാക്യമാണ് ദൈവത്തിന്റെ സ്ത്രോത്രം ഏറ്റവും നീണ്ട വാക്യം കാണാത വാക്യമാണ് ആദ്യകാലത്ത് ഞാനത് വായിച്ചപ്പോൾ ഞാൻ കാണാതെ പഠിച്ചു ദൈവത്തിന് സ്തോത്രം നീ സമയത്തും ഇണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്തുനിന്ന് ഉദ്ധാരവും രക്ഷയും ഉണ്ടാകും നീയും നിന്റെ വിതർഭവനവും നശിച്ചു ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത് ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ കാര്യം ചെയ്തു എല്ലാ യഹൂദന്മാരെ അറിയിക്കാൻ ഒരു കാര്യം എല്ലാവരെയും അറിയിക്കാനായിട്ട് പറഞ്ഞേൽപ്പിച്ചു എന്താണ് ഏൽപ്പിച്ചത് ദൈവത്തിന് സ്തോത്രം പതിനാറാം വാക്യം ഒരു വായിക്കുക പതിനഞ്ചാം വാക്യം നാലിന് അതിന് മറുപടി പറയാൻ കൽപ്പിച്ചത് നീ ചെന്ന് ശൂഷനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചു കൂട്ടി രാജധാനിയിലുള്ള യഹൂദന്മാരെ രാജധാനി ഇരിക്കുന്ന ശൂശൻ കൂട്ടി നിങ്ങൾ മൂന്ന് ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ നിങ്ങൾ മൂന്നു ദിവസം രാവും പകലും തിന്നുകയോ ഓടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പീൻ എനിക്ക് വേണ്ടി ഉപവസിപ്പീൻ ഞാനും എന്റെ ബാല്യക്കാരത്തികളും അങ്ങനെ തന്നെ ഉപവസിക്കും ഞാനും എന്റെ ബാല്യക്കാരത്തികളും മൂന്നു ദിവസം തിന്നുകയോ ഓടിക്കുകയോ ചെയ്യാതെ ഉപവസിക്കും പിന്നെ ഞാൻ നിയമപ്രകാരമല്ലെങ്കിലും രാജാവിന്റെ അടുക്കൽ ചെല്ലും പിന്നെ നിയമപ്രകാരം അല്ലെങ്കിൽ ഞാൻ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ചെല്ലും ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ ഞാൻ ഒരാൾ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ ദൈവത്തിന് സ്തോത്രം ഒരാൾ ഒരു സമർപ്പണം എടുത്തു വ്യസ്ഥ സമർപ്പണം എടുത്തു പ്രിയപ്പെട്ടവരെ കാര്യങ്ങൾ തിരിഞ്ഞു വന്നു അത് അടുത്ത ദിവസം പറയാം കാര്യങ്ങളെല്ലാം തിരിഞ്ഞു വന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ ഏലതാനെന്ന ആളുകൾക്ക് മുൻപ് നമ്മുടെ കൂട്ടായ്മ ഒരു ഉപവാസം പ്രസിദ്ധമാക്കി മൂന്നു ദിവസത്തേക്കുള്ള കൂട്ടായ്മ നിങ്ങൾ ആരെല്ലാം ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിഞ്ഞുകൂടാ ദൈവത്തിന് സ്തോത്രം വെറുതെ ഒന്നുമല്ല തക്ക കാര്യമുണ്ടായിട്ടാണ് തക്ക കാര്യം ഉണ്ടായിട്ട് മൂന്ന് ദിവസത്തേക്ക് ഉപവാസം പ്രസിദ്ധമാക്കി ഞാൻ ഒരാൾ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ സ്തോത്രം നമ്മുടെ കൂട്ടായ്മയ്ക്കെതിരായി കല്പനകൾ പുറപ്പെട്ടിട്ടുണ്ട് നമ്മുടെ കൂട്ടായ്മയ്ക്കെതിരായി കൽപ്പനകൾ പുറപ്പെടുന്നുണ്ട് നമ്മുടെ കൂട്ടായ്മയെ തെറ്റിദ്ധരിക്കുന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന കിംവദന്തികൾ പരത്തുന്ന കൽപ്പനകൾ വരുന്നുണ്ട് ദൈവമക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കണം നിങ്ങൾ ഉപവാസത്തോടെ പ്രാർത്ഥിക്കണം ദൈവത്തിന് സ്തോത്രം നിങ്ങൾ പ്രാർത്ഥിച്ച് ജീവിതം കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കണം നിങ്ങളതാണ് ഞാൻ പറഞ്ഞത് ആദ്യം പറഞ്ഞത് ഒരാകമാനമായൊരു കഴുകല്ലോ നമുക്ക് വരണം നമുക്കാരെയും നോക്കണ്ട ആരുടെയും കുറ്റം നോക്കണ്ട ആരുടെയും തെറ്റുകൾ കാണണ്ട നമുക്ക് നമ്മുടെ തെറ്റുകൾ കാണാം നമുക്ക് നമ്മെ തന്നെ വിനയപ്പെടുത്താം നമുക്ക് ഉപവാസത്തോടെ പ്രാർത്ഥിക്കാം ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ വലിയ നാവപ്പെടട്ടെ സഹോദരങ്ങളെ യഹോദന്മാരും മുഴുവനും മുടിച്ച് കളയുന്നുള്ളതായ എന്നാൽ കാര്യങ്ങൾ തിരിഞ്ഞു വന്നു ദൈവത്തിന് സ്തോത്രം ഞാൻ ഈ ദിവസങ്ങൾ ചിന്തിക്കുകയായിരുന്നു എന്റെ കാലത്താണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടതിനു ശേഷമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ നാം ഉയർത്തുന്ന വളരെ ഗൗരവമേറിയ സനാതനമായ ഒരു ആദർശമുണ്ട് ദൈവത്തിന് സ്തോത്രം ദ റിപ്പൻഡൻസ് റിപ്പൻഡ് ദൈവത്തിന് സ്തോത്രം സഭയും സമുദായവും മാറേണ്ടത് ഹൃദയമാണ് മാറേണ്ടത് ദൈവത്തിന് സ്തോത്രം ഈ ആദർശമുണ്ടല്ലോ എന്റെ കാലത്തിന് ശേഷമായിരിക്കാം അത് അംഗീകരിക്കപ്പെടുന്ന ഒരു കാലം വരുന്നുണ്ട് ദൈവത്തിന് സ്തോത്രം സഭയോ സമുദായവുമല്ല മാറേണ്ടത് ഹൃദയമാണ് മാറേണ്ടത് എന്റെ കർത്താവിന് സ്തോത്രം ഹൃദയമാണ് മാറേണ്ടത് യേശുക്രിസ്തന്റെ തിരരക്തത്തായുള്ള രൂപാന്തരം പ്രാപിച്ച് യേശുവിന് ഛായ പ്രാപിക്കുകയാണ് വേണ്ടത് യേശുവിന് സ്വഭാവം പ്രാപിക്കുകയാണ് വേണ്ടത് ദൈവത്തിന് സ്തോത്രം ദ റിപ്പെന്റൻസ് ഓ ദ മാനസാന്തരം ഒരിക്കൽ മാനസാന്തരപ്പെട്ടു അങ്ങനെയുള്ളവര് ഇനിയും മാനസാന്തരം അനുഭവിക്കേണ്ടിയിരിക്കുന്നു ഇനിയും രൂപാന്തരം അനുഭവിക്കേണ്ടിയിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ പരമസത്യമായ സനാതനമായ ഈ ഒരു ആദർശം ഈ ഒരാശയം ജനഹൃദയങ്ങളിലേക്ക് പാകി കൊടുക്കാനുള്ള വലിയ ചുമതലയാണ് കർത്താവ് നിങ്ങൾ ഓരോരുത്തരിലും കാണുന്നത് ദൈവത്തിന്റെ സ്തോത്രം അതിനെന്താണ് വേണ്ടത് നിങ്ങൾ മാനസാന്തരപ്പെട്ടവര് നിങ്ങൾ ഇനിയും മാനസാന്തരപ്പെടണം നിങ്ങളാകമാനമായ ഒരു കഴുകലിലേക്ക് വരാൻ നിങ്ങൾ തയ്യാറാകണം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു രൂപാന്തരം വരണം നിങ്ങൾ ക്രിസ്തുവിന്റെ ഛായയുള്ളവരായി തീരണം നിങ്ങൾ ക്രിസ്തുവിന്റെ പ്രതിമയായി തീരണം നിങ്ങൾ ക്രിസ്തുവിന്റെ സ്വഭാവം പ്രതിബിംബിക്കുന്നവരായി തീരണം ദൈവത്തിന് സ്തോത്രം യേശു ക്രിസ്തു ക്രൂസിൽ കാണിച്ചെന്ന സ്വഭാവം എന്താണോ അത് നിങ്ങളിൽ കൂടി ലോകം കാണണം എന്റെ ദൈവത്തിന് സ്തോത്രം ഇന്നും ഇന്നലെയും നാം തുടരെ കേട്ടു സക്കായി യേശുവിനെ വീട്ടിൽ കൈക്കൊണ്ടു എന്ന് അതിനു മുൻപ് ഒരു കാര്യമുണ്ട് ആ അധ്യായം തുടങ്ങുമ്പോൾ ആദ്യം കാണുന്ന വാക്യം എന്താണെന്നറിയാമോ സക്കായി യേശു എങ്ങനെയുള്ളവെന്ന് കാണുവാൻ ശ്രമിച്ചു സ്തോത്രം യേശു എങ്ങനെയുള്ളവെന്ന് കാണുവാൻ സക്കായി ശ്രമിച്ചു സ്തോത്രം യേശു എങ്ങനെയുള്ളവൻ കാണുവാൻ ശ്രമിക്കുന്ന ഒരു ലോകത്താണ് നാം നിൽക്കുന്നത് യേശു എങ്ങനെയുള്ളവൻ ഈ യേശു എങ്ങനെയുള്ളവനാണ് യേശുവിനെ ഈ ലോകമെന്ന് കാണുന്നില്ല ദൈവത്തിന് സ്തോത്രം ഈ നൂറ്റാണ്ടിൽ ഇരുപതാം നൂറ്റാണ്ടിൽ സാധു സുന്ദരസിംഗ് യേശുവിനെ കണ്ടു നാം വായിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അവിടെയോടെ ചിലവർ മാത്രം യേശുവിനെ നേരിട്ട് കണ്ടു ദൈവത്തിന് സ്തോത്രം ഈ നൂറ്റാണ്ടിൽ കാണുന്നുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ യേശു എങ്ങനെയുള്ളവനെന്ന് കാണിച്ചു കൊടുക്കേണ്ട ചുമതല എന്റേതാണ് നിങ്ങളുടേതാണ് നിങ്ങൾ യേശു എങ്ങനെയുള്ളവനെന്ന് നിങ്ങളുടെ വീട്ടിൽ കാണിച്ചു കൊടുക്കണം യേശു എങ്ങനെയുള്ളവനെന്ന് നിങ്ങളുടെ ഭർത്താവിന് കാണിച്ചു കൊടുക്കണം നിങ്ങളുടെ ജീവിതത്തിൽ കൂടി യേശു എങ്ങനെയുള്ളവനെന്ന് നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങൾ കാണിച്ചു കൊടുക്കണം നിങ്ങളുടെ ജീവിതത്തിൽ കൂടി യേശു എങ്ങനെയുള്ളവനെന്ന് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ കാണിച്ചു കൊടുക്കണം നിങ്ങളുടെ ജീവിതത്തിൽ കൂടി യേശു എങ്ങനെയുള്ളവനെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കൂടി നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങൾ കാണിച്ചു കൊടുക്കണം നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ കൂടി ദൈവത്തിന്റെ സ്തോത്രം യേശു എങ്ങനെയുള്ളവർക്ക് കാണിച്ചു കൊടുക്കണം യേശു എങ്ങനെയുള്ളവനെന്ന് മോളെ നിന്റെ അമ്മയമ്മയ്ക്ക് നിന്റെ സ്വഭാവത്തിൽ കൂടി കാണിച്ചു കൊടുക്കണം യേശു എങ്ങനെയുള്ളവനെന്ന് മോളെ നിന്റെ മരുമകൾക്ക് നീ കാണിച്ചു കൊടുക്കണം നിന്റെ സ്വഭാവത്തിൽ കൂടി യേശു എങ്ങനെയുള്ളവനെന്ന് നിന്റെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് നീ കാണിച്ചു കൊടുക്കണം നിന്റെ പ്രവർത്തന രീതിയിൽ നിന്ന് പ്രവർത്തന ശൈലിയിൽ നിന്ന് ദൈവത്തിന് സ്തോത്രം കൈക്കൂലി വാങ്ങുന്നില്ല കൈക്കൂലി വാങ്ങാൻ കിട്ടും വേണമെങ്കിൽ വാങ്ങിക്കാം പക്ഷേ വാങ്ങുന്നില്ല യേശു എങ്ങനെയുള്ളവനെന്ന് നിന്റെ കൂടെ ജോലി കാണിച്ചു കൊടുക്കുകയാണ് ദൈവത്തിന് സ്തോത്രം അഴിമതിക്ക് കൂട്ടുനിൽക്കുകയില്ല യേശു എങ്ങനെയുള്ളതെന്ന് കാണിച്ചു കൊടുക്കുകയാണ് തെറ്റായ ഒരു വാക്ക് നാവിൽ വരികയില്ല ജോലി കൃത്യമായി ചെയ്യും ജോലി അന്തസ്സായി ചെയ്യും ജോലി ആത്മാർത്ഥമായി ചെയ്യും ജോലി ഉത്തരവാദിത്വ ബോധത്തോടെ ചെയ്യും ജോലി കാര്യക്ഷമമായി ചെയ്യും യേശു എങ്ങനെയുള്ള കാണിച്ചു കൊടുക്കുകയാണ് എന്റെ കർത്താവിന് സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം മോഹത്വപ്പെടട്ടെ എന്റെ ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ ശത്രുക്കൾ നിങ്ങളെക്കുറിച്ച് അപവാദം പറയും ജോലി ചെയ്യുന്നില്ല എന്ന് പറയും പക്ഷേ ജോലി നേരിട്ട് കാണുന്നവര് അവര് പറയണം യേശു സ്വഭാവം കാണുന്നു ഏറ്റവും നന്നായി ജോലി ചെയ്യുന്നു എന്ന് എനിക്കറിയാം എന്റെ കൂടെ ജോലി ചെയ്തവര് പക്ഷേ എന്നെ കാലു വാരിയവരുണ്ട് എന്നെ കുത്തിയവരുണ്ട് പിന്നിന്ന് കുത്തിയവരുണ്ട് പക്ഷേ എന്റെ വിദ്യാർത്ഥികൾ അവരെല്ലാം അവരറിഞ്ഞിരുന്നു സാറ് നല്ലതുപോലെ പഠിപ്പിക്കുന്നുവെന്ന് സാർ ആത്മാർത്ഥമായി പഠിപ്പിച്ചുവെന്ന് ദൈവത്തിന്റെ സ്ത്രോത്രം ഞാൻ അവരെ പഠിപ്പിച്ചു അവർക്ക് നോട്ട് പറഞ്ഞുകൊടുത്തു അവർക്ക് പരീക്ഷയ്ക്ക് വേണ്ടതെല്ലാം കൊടുത്തു പരീക്ഷയ്ക്ക് ഞാൻ ജനറൽ നോളജ് ധാരാളം കൊടുത്തുകൊണ്ടിരുന്നു ദൈവത്തിന്റെ സ്തോത്രം അഭിമാനത്തോടെ തന്നെ ഞാൻ ദൈവത്തെ സ്തുതി പറയുകയാണ് ഞാൻ ഉഴപ്പിയില്ല ജോലി ഏറ്റവും ചെയ്തു ദൈവത്തിന് സ്തോത്രം നിങ്ങൾക്ക് കാണാമല്ലോ ദൈവത്തിന് സ്തോത്രം നിങ്ങൾക്ക് കാണാമല്ലോ ഈ കോളേജിന്റെ മൂന്ന് നിലകൾ ദൈവത്തിന് സ്തോത്രം ഞാൻ പ്രിൻസിപ്പൽ ആയിരുന്നപ്പോൾ ഒരൊറ്റ ദിവസം പോലും എല്ലാവരും പിരിഞ്ഞു പോയതിനു ശേഷം എല്ലാവരും ഇവിടെ ശേഷം പ്രിയപ്പെട്ടവരെ ഞാനും എന്റെ പ്രിയപ്പെട്ട അച്ഛന്തർ ബെന്നിയും കൂടി ചിലപ്പോൾ ജോർജ് ആയിരിക്കും ചിലപ്പോൾ ബെന്നി ആയിരിക്കും ഞങ്ങൾ ഒരുമിച്ച് എല്ലാ മുറിയുടെയും അതുക്കൽ പോകും ബെന്നിക്കോ ജോർജിനോ സൌകര്യം ഞാൻ ഒറ്റയ്ക്ക് നടക്കും എല്ലാ കുട്ടികളും പോയി കഴിഞ്ഞു അധ്യാപകർ അനധ്യാപകരെല്ലാം പിരിഞ്ഞുകഴിഞ്ഞു ഞാൻ ഓരോ വാതിക്കലും ചെല്ലും വാതിൽ തുറന്നു നോക്കും വാതിൽ അതിലിട്ടിരിക്കുന്ന ആ കുറ്റി അത് ഇട്ടിട്ട് അതിൽ ലോക്ക് അത് പൂട്ടിയിട്ടുണ്ടോ എന്ന് നോക്കും ചിലപ്പോൾ ചില തന്ത്രങ്ങളുണ്ട് അത് മുൻകാലത്ത് നടന്നത് എനിക്കറിയാം ഞാൻ ഇവിടെ തന്നെ ജോലി ചെയ്തതല്ലേ പ്രിയപ്പെട്ടവരെ ദൈവത്തിന് സ്തോത്രം നടന്നെന്താണെന്ന് അറിയാമോ ഓരോ വാതുക്കലും ചെന്ന് വലിച്ചു നോക്കും പൂട്ടിയിട്ടുണ്ടോ പൂട്ടിയിട്ടില്ലെങ്കിൽ ഉടനെ അത് പൂട്ടാൻ ഞാൻ പ്രത്യേകിച്ച് അറ്റൻഡറോട് പറയും ദൈവത്തിന് സ്തോത്രം പറയട്ടെ കേൾക്കണമോ നിങ്ങൾക്ക് എല്ലാ വാതിക്കലും ചെല്ലും നാലരയ്ക്ക് ശേഷം എല്ലായിടത്തും നടക്കും മൂന്നരയ്ക്ക് ക്ലാസ് കഴിഞ്ഞ് നാലര അഞ്ചുമണിയാകുമ്പോഴേ ഞാൻ ഈ കോളേജിൽ നിന്ന് പോയിട്ടുള്ളൂ എന്തുകൊണ്ടാണെന്നറിയാമോ എന്റെ ഉത്തരവാദിത്വം ഞാൻ അങ്ങനെ നിർവ്വഹിച്ചു ദൈവത്തിന് സ്തോത്രം കേൾക്കണമോ നിങ്ങൾക്ക് ഓരോ വതുക്കലും ചെന്ന് എല്ലാം കഴിഞ്ഞ് എന്റെ അറ്റൻഡർ ഓഫീസ് പൂട്ടി താക്കോല് അവൻ കയ്യിൽ നിന്ന് അത് തന്ന് ദൈവത്തിന്റെ സ്തോത്രം എല്ലാം പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഞാന് ഞാൻ ഈ കോളേജിൽ നിന്ന് പോയിട്ടുള്ളു ഞാൻ പറഞ്ഞത് വെറുതെയല്ല ഈ യേശു എങ്ങനെയുള്ളൂവെന്നു ഞാൻ കാണിച്ചു കൊടുക്കാൻ ശ്രമിച്ചു ഹാലല്ലോ ഈ അ ദൈവത്തിന്റെ സ്തോത്രം ഈ ഉത്തരവാദിത്വ ബോധത്തോടെ ജോലി ചെയ്തു ജോലി ചെയ്യുന്നവർ പലരോട് പലരും ഉണ്ടല്ലോ നിങ്ങൾ ആത്മാർത്ഥതയോടെ ജോലി ചെയ്തിട്ടുണ്ടോ ആത്മാർത്ഥതയോടെ എന്റെ കർത്താവിന്റെ സ്തോത്രം ഓഫീസിലെ സ്റ്റാഫ് എനിക്ക് അനുകൂലമായിരുന്നു അവർ ആത്മാർത്ഥതയോടെ ജോലി ചെയ്ത് സഹായിച്ചു ദൈവത്തിന്റെ സ്തോത്രം ഞാനിപ്പോൾ പരസ്യമായി പറയുന്നില്ല എന്നാൽ ടീച്ചിങ് സ്റ്റാഫിൽ ചിലര് എന്നെ നൊമ്പരപ്പെടുത്തി എന്റെ കർത്താവിന് സ്തോത്രം എന്നാൽ മുമ്പിലപ്പെടുത്തിയൊരു ചിലര് പിന്നീട് വന്ന് ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം എന്റെ വീട്ടിൽ വന്ന് എന്നോട് മാപ്പ് ചോദിച്ചവരുമുണ്ട് എന്റെ കർത്താവിന് സ്തോത്രം സാറെ ക്ഷമിക്കണം അന്ന് ഞങ്ങൾ സാറിനെ ഇത്തിരി വേദനിപ്പിച്ചു ദൈവത്തിന്റെ വലിയ നാമം മുഹത്വപ്പെടട്ടെ എന്തിനാണിതൊക്കെ പറഞ്ഞെന്നറിയാമോ ഒരു കാര്യം പറയാനാണ് ഈ കോളേജിന്റെ മുറ്റത്ത് നിന്നുകൊണ്ട് എന്റെ കർത്താവിന് സ്തോത്രം എന്റെ ദൈവത്തെ മുഹത്വപ്പെടുത്താനാണ് കാരണം ദൈവം ആത്മാവകത്ത് ഉണ്ടായിരുന്നു ആത്മാവകത്തിരുന്നിരുന്നു അതുകൊണ്ട് കാര്യക്ഷമായി പ്രവർത്തിച്ചു യേ യേശു എങ്ങനെയുള്ളവെന്ന് കാണുവാൻ ശ്രമിക്കുന്നവരുണ്ട് ഇതിവിടെ ഡോ ഡോക്ടർമാരിയ്ക്കുന്നുണ്ടല്ലോ നിങ്ങളുടെ ക്ലിനിക്കിൽ വരുന്നവർ യേശു എങ്ങനെയുള്ളവനെന്ന് നിങ്ങളുടെ പ്രവൃത്തിയിൽ കൂടി നിങ്ങളുടെ വാക്കുകളിൽ കൂടി കാണുമോ ഇവിടെ എഞ്ചിനീയേഴ്സ് ഇരിക്കുന്നുണ്ടല്ലോ ഇവിടെ അധ്യാപകരിയ്ക്കുന്നുണ്ടല്ലോ ഇവിടെ റബ്ബർ വെട്ടുന്നവരി ക്കുന്നുണ്ടല്ലോ റബ്ബർ ടാപ്പ് ചെയ്യുന്നവരിയ്ക്കുന്നുണ്ടല്ലോ നിങ്ങൾ കള്ളത്തരം കാണിച്ച് റബ്ബർ ടാപ്പ് ചെയ്ത് നിങ്ങൾ ഒട്ടുപാതെ നിങ്ങൾ തന്ത്രപൂർവ്വം മാറ്റിയിട്ടുണ്ടോ അല്ല ഏതെങ്കിലും റബ്ബർ വെട്ടാതെ വിട്ടുപോയിട്ടുണ്ടോ അല്ല മനപൂർവ്വം വിട്ടുപോയിട്ടുണ്ടോ എന്നിട്ട് അതിന്റെ കാശ് കൂലി നിങ്ങൾ മേടിച്ചിട്ടുണ്ടോ മക്കളെ നല്ലതല്ല യേശു എങ്ങനെയുള്ളവനെന്ന് സ്വഭാവത്തിലൂടി കൂടി കാണിച്ചു കൊടുക്കണം ഞാൻ പറഞ്ഞു തരാം സ്തോത്രം എനിക്കും ഉണ്ടല്ലോ ഞാൻ പറഞ്ഞുതരാം റബ്ബർ വെട്ടി പശയെടുത്തിട്ട് പാലെടുത്തിട്ട് മൂന്നും നാലു ദിവസം കഴിഞ്ഞതിനു ശേഷവും അത് റബ്ബർ ഷീറ്റ് അടിക്കാത്തവരുണ്ടോ നിങ്ങൾ ചിന്തിച്ചു നോക്ക് യേശു എങ്ങനെയുള്ളവനെന്ന് കാണിച്ചു കൊടുത്താണോ മോനെ നീ ജീവിച്ചത് ചിന്തിക്കുക എന്റെ കർത്താവിന്റെ വലിയ നാവം മഹത്വപ്പെടട്ടെ ദൈവത്തിന്റെ സ്തോത്രം ഞാൻ അല്പം വേദനിപ്പിക്കുന്ന വാക്കുകളാണ് പറയുന്നതെന്ന് എനിക്കറിയാം എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിശ്വസ്തയോടെ ജോലി ചെയ്തിട്ടുണ്ടോ യേശു എങ്ങനെയുള്ളവനെന്ന് കാണിച്ചു കൊടുക്കണം ദൈവത്തിന്റെ വലിയ നാവം മഹത്വപ്പെടട്ടെ ഇതുവരെ നടന്നില്ല ഇല്ല ശരി എന്നാൽ ഇന്ന് നിങ്ങൾക്കൊരു പുതിയ തീരുമാനമെടുക്കാമോ ഈ യേശു എങ്ങനെയുള്ളതെന്ന് കാണിച്ചു കൊടുത്തുകൊണ്ട് ഞാൻ നിൽക്കും എന്റെ കർത്താവിന് സ്തോത്രം കൽപ്പന നോക്കണ്ട എന്റെ കർത്താവിന് സ്തോത്രം എതിർക്കുന്നവരിലേക്ക് നോക്കണ്ട വേറെ ആരിലേക്ക് നോക്കണ്ട സഭകളിലേക്ക് നോക്കണ്ട നമ്മെ തെറ്റിദ്ധരിക്കുന്നവരിലേക്ക് നോക്കണ്ട നമ്മെക്കുറിച്ച് അവവാദം പറയുന്നവരിലേക്ക് നോക്കണ്ട അവവാദം തിരുത്താൻ പോകണ്ട പക്ഷേ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ആകമാനമൊന്ന് പരിശോധിക്കാം നമുക്കൊന്ന് രൂപാന്തരപ്പെടാം നമുക്ക് സ്വഭാവം മാറ്റാം നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരട്ടെ ഈ കൂട്ടായ്മയിലിരുന്ന ദൈവമക്കളെ നമ്മുടെ ജീവിതശൈലി ിൽ മാറ്റം വരട്ടെ യേശുവിന്റെ സ്വഭാവം നമ്മൾ കൂടി പ്രതിഫലിക്കട്ടെ ദൈവത്തിന് സ്തോത്രം നമ്മുടെ ജീവിതം വിശുദ്ധമാണോ നമ്മുടെ കണ്ണുകൾ വിശുദ്ധമാണോ നമ്മുടെ ഹൃദയം വിശുദ്ധമാണോ നമ്മുടെ നോട്ടം വിശുദ്ധമാണോ മകനെ നീ ചിന്തിക്ക് നിന്റെ മൊബൈൽ ഫോണിലെ എസ് വിശുദ്ധമാണോ മകളെ നീ ചിന്തിക്ക് നിനക്ക് വന്ന കോളുകൾ വിശുദ്ധമാണോ ദൈവത്തിന് സ്തോത്രം ദൈവത്തിലെ നീ ചിന്തിക്ക് നീ ഏകാന്തത്തിലിരുന്ന് നീ കമ്പ്യൂട്ടർ റൂമിൽ ഇരുന്നപ്പോൾ നീ കമ്പ്യൂട്ടറിൽ കണ്ടുകൊണ്ടിരുന്ന ചിത്രങ്ങൾ വിശുദ്ധമാണോ ദൈവത്തിന്റെ സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം വകുത്തുപോയിട്ടെ നീ കൂട്ടുകാരൂടി ആരുമില്ലാത്ത രാത്രി സമയങ്ങളിൽ ഇരുന്ന് നീയെ ചില കണ്ട ബ്ലൂ ഫിലിംസ് വിശുദ്ധമല്ലല്ലോ ദൈവേ നിന്റെ ജീവിതം മാറാനുണ്ടല്ലോ ജീവിതം വിശുദ്ധമാകാനുണ്ടല്ലോ തെച്ചുകൾ തിരുത്താനുണ്ടല്ലോ ഒട്ടേറെ തിരുത്താനുണ്ടല്ലോ നീ ചിന്തിക്ക് നീ കോപിച്ചലറുന്നവനല്ലായിരുന്നോ കോപിക്കുന്നവനല്ലായിരുന്നോ വാശി നിന്റെ ഭാര്യയെ നീ കോപിച്ച് ഉദ്രവിച്ചിട്ടില്ലേ മകനെ നീ ചിന്തിക്ക് നിന്റെ ഭാര്യയെ നീ വേദനിപ്പിച്ചിട്ടില്ലേ ആ സാധു നീ മർദ്ദിച്ചിട്ടില്ലേ നീ ചിന്തിക്ക് നീ മദ്യത്തിനടിനിയായി പോയില്ലേ നീ ചിന്തിക്ക് നിന്റെ ജീവിതത്തിൽ നീ ും കഞ്ചാവിനും അടിമയായി തീർന്നില്ലേ മയക്കുമരുന്ന് കുത്തിവെക്കാൻ നീ വിട്ടുകൊടുത്തില്ലേ നീ റായി പോയില്ലേ നീ വീട്ടിലമ്മായിയമ്മ പോരുണ്ടാക്കിയില്ലേ ഓരോന്നോരോ നോർക്ക് യേശു എങ്ങനെയുള്ളവനെന്ന് നീ കാണിച്ചു കൊടുത്തുവോ ഇല്ലല്ലോ മോളേ ഇല്ലല്ലോ ദൈവത്തിന് സ്ത്രോത്രം നിന്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം അനധരിക്കാമെന്ന് വിചാരിച്ചാണോ നീ നിന്റെ ഭർത്താവ് ഉള്ള കാലത്ത് നീ പോയി ആ സാധു മനുഷ്യനോട് നീ മാപ്പി ചോദിക്ക് ഹാലല്ലൂയ ദൈവത്തിന്റെ സ്തോത്രം നിന്റെ ഭാര്യ മരിച്ചതിന് ശേഷം ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് പ്രയോജനം മകനെ നീ ഇപ്പോൾ നിന്റെ ഭാര്യ ജീവനോടുള്ളപ്പോൾ ആ സാധു സ്ത്രീ നിനക്ക് വേണ്ടി ത്യാഗ സഹിച്ച ആ പാവപ്പെട്ടവളോട് നീ മാപ്പി ചോദിക്ക് ദൈവത്തിന്റെ സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം മഹുത്തുപോടട്ടെ മക്കളെ നിങ്ങൾ അപ്പൻ മരിച്ചതിന് ശേഷം മാപ്പി വയ്ക്കാനിരിക്കുകയാണോ അമ്മ മരിച്ചതിന് ശേഷം മാപ്പി വയ്ക്കാനിരിക്കുകയാണോ ദൈവസെല്ലാം ഞാൻ ഇരുന്ന് കരഞ്ഞോളാന്ന് പറഞ്ഞിരിക്കുകയാണോ അല്ലല്ല ആയുസ് ഉള്ളപ്പോൾ നീ എന്ന് നടക്കട്ടെ ആഗമാനൽ നടക്കട്ടെ സമ്പൂർണമായൊരു നടക്കട്ടെ ഇന്ന് പകൽക്കാലം കരണിയുള്ള കർത്താവ് ചിലതെല്ലാം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട് ചിലതെല്ലാം പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ചിലരെ മാറ്റാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് ചിലരുടെ ഗർഭപാത്രം തുറക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ചിലരുടെ കടം മാറ്റാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് കുടുംബസമാധാനം തരം കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് തീരാവ്യാധികൾ മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ട് വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടത്തി തരം കർത്തവ് ആഗ്രഹിക്കുന്നുണ്ട് ജനമേ നിങ്ങൾ വിശ്വസിക്കൂ നിങ്ങളുടെ ആരോഗ്യം പുഷ്ടിപ്പെടുന്നത് ദൈവം നോക്കി കാണുകയാണ് ആഗ്രഹത്തോടെ നോക്കി കാണുകയാണ് നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം കർത്താവോട് പറയാം കർത്താവേ ആ തിരി രക്തം ഇപ്പോൾ എന്റെ തുള്ളി വീഴണമേ ഞാന് കർത്താവെ യേശു എങ്ങനെയുള്ളവനെന്ന് ഇന്നുമുതൽ എന്റെ ജീവിതത്തിൽ കൂടി പ്രതിഫലിപ്പിക്കും ഹാലലൂയ യേശു എങ്ങനെയുള്ളത് കാണുവാൻ ആഗ്രഹിക്കുന്നവർക്ക് യേശു ഇങ്ങനെയുള്ളവനെന്ന് എന്റെ ജീവിതത്തിൽ കൂടി തെളിയിച്ചുകൊണ്ട് ഞാൻ പുതിയ മനുഷ്യനായി ജീവിക്കും ഹാലലൂയ ഹാലൂയ ഹാലലൂയ ഹാലൂയ ലോകം തെറ്റിദ്ധരിക്കട്ടെ ലോകം വെറുക്കട്ടെ സഹോദരം പകയ്ക്കട്ടെ എല്ലാവരും അറപ്പോടെ കാണട്ടെ എന്നാൽ സ്വർഗ്ഗം നിന്നെ മാനിക്കും മകനെ സ്വർഗം നിന്നെ മാനിക്കും മകളെ സ്വർഗത്തിലെ ദൈവം നിന്നെ മാനിക്കും അവൻ രണ്ടാമത്തെ വരയിൽ പറന്നു വിശുദ്ധയിൽ നിനക്കും പറക്കാം ഹാലലൂയ ദൈവത്തിന്റെ സ്ത്രം ും പറഞ്ഞുയരാം എല്ലാം മായ മായ സകലവും മാറി മാറിപ്പോകും എല്ലാം തീർന്നു പോകും മാറാത്ത യേശു മാത്രം വിശ്വസിക്കൂ യേശുവിനെ കൈക്കൊള്ളാൻ നിങ്ങൾക്ക് ഇപ്പോൾ താല്പര്യമുണ്ടോ ആ തിരിതത്തിനെ മുദ്രപതിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എങ്കിൽ യേശു എങ്ങനെയുള്ളതെന്ന് കാണിച്ചുകൊണ്ട് ഇന്നു മുതൽ ഞാൻ പുതിയ ജീവിതം നയിക്കും തിരുത്താനുണ്ട് കർത്താവെ തിരുത്താനുണ്ട് ഏറെ തിരുത്താനുണ്ട് ഈ നിമിഷം മുതൽ പുതിയ ഒരു ജീവിതം ഞാൻ ആരംഭിക്കുകയാണ് ആരെയും ഞാൻ വഴി ആരെയും ഇരിക്കുന്നില്ല മറ്റാരുടെയും കുറ്റം നോക്കുന്നില്ല ഞാനാണ് ഞാനാണ് ഞാനാണ് തിരുത്തേണ്ടത് കർത്താവേ ഞാനിത് ആ തിരുത്താൻ തയ്യാറാണ് ഇന്ന് മുതൽ പുതിയ ജീവിതം തിരുത്തി തുടങ്ങാൻ കരങ്ങളെ ഉയർത്താം ഹാലലൂയ ഹാലലൂയ ഹാലോയ ഹാലലൂയ അതാ ലോഹ്യ വെറുതെ കൈ ഉയർത്തരുത് മക്കളെ വെറുതെ കൈ ഉയർത്തരുത് തീരുമാനമുണ്ടെങ്കിൽ മാത്രം കൈ ഉയർത്തിയാൽ മതി ഇന്ന് മുതൽ യേശുവേ യേശു എങ്ങനെയുള്ളവനെന്ന് എന്റെ ജീവിതത്തിൽ കൂടി പ്രതിഫലിപ്പിച്ചുകൊണ്ട് ഞാൻ ജീവിക്കാൻ പോവുകയാണ് ആ തീരുമാനത്തോടുകൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എടുക്കുന്ന തീരുമാനത്തോടുകൂടി കരങ്ങൾ ഉയർത്തുമെങ്കിൽ യേശു കരത്തിൽ പിടിക്കും പ്രിയപ്പെട്ടവരെ യേശുവാണ് പിടിക്കുന്നതെങ്കിൽ നിങ്ങളുടെ രോഗങ്ങൾ മാറും പ്രിയപ്പെട്ടവരെ യേശുവാണ് പിടിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ബാധകൾ മാറും പ്രിയപ്പെട്ടവരെ യേശുവാണ് പിടിക്കുന്നതെങ്കിൽ നിങ്ങൾ ബന്ധനങ്ങൾ പിടിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ആശകൾ നിറവേറും ആഗ്രഹങ്ങൾ ആഗ്രഹം ഭാര്യയുടെ സ്വഭാവം മാറണമെന്നാണ് ആഗ്രഹം ജോലി ആഗ്രഹം ഒരു പിഞ്ചോമേനെ കുഞ്ഞിനെ കിട്ടണമെന്നാണ് ആഗ്രഹം നിന്റെ ആഗ്രഹം എന്താണ് ഇന്ന് നിന്റെ ആഗ്രഹം ൂ കരം ഉയർത്തിക്കൊണ്ട് യേശുവിന്റെ കരങ്ങളിലേക്ക് നിങ്ങൾക്ക് കൊടുത്തുകൊണ്ട് അവരോട് പ്രാർത്ഥിച്ചുകൊണ്ട് പറയുവീൻ യേശുവേ ഇന്ന് മുതൽ ഞാൻ പുതിയ സൃഷ്ടി യേശുവിന് പറയുവീൻ യേശുവേ യേശുവേ ഇന്ന് മുതൽ ഞാൻ പുതിയ സൃഷ്ടി യേശുവേ യേശുവേ ഇന്ന് മുതൽ ഞാൻ പുതിയ സൃഷ്ടി യേശുവേ യേശു ഇന്ന് മുതൽ ജ്ഞാന പുതിയ സൃഷ്ടി ഹാലു യാ ഹാല കരങ്ങൾ താഴ്ത്തിയടി വിൻകരുണിയുള്ള കർത്താവെ ഈ നല്ല ദിവസത്തിനായി സ്തോത്രം അവിടുത്തെ വൻകരണയ്ക്കായി സ്തോത്രം അവിടെ ദിവ്യസ്നേഹത്തിനായി സ്തോത്രം അവിടെ സ്വർഗീയ കരുതലിനായി സ്തോത്രം അപ്പ തീരുമാനം തരമുദ്രയേട്ടതിനായി സ്തോത്രം അത്ഭുതങ്ങളുടെ ദൈവം ജീവിക്കുന്നതിനായി സ്തോത്രം അനേകർ ഗ്രോഗസൗഖ്യം സ്തോത്രം അനേകരുടെ ബാധകളകറ്റിയതിനായി സ്തോത്രം അനേകരുടെ ബോധക്ഷയങ്ങൾ മാറ്റിയതിനായി സ്തോത്രം അപ്പ അനേകളുടെ ദുസ്വഭാവം മാറ്റിയതിനായി സ്തോത്രം കുടുംബത്തിലേക്ക് സമാധാനം അരച്ചു വന്നതിനായി സ്തോത്രം സ്വർഗീയമാരി പെയ്യുന്നതിനായി സ്തോത്രം അപ്പ അതിന്റെ വരവിന് വേണ്ടി അനേകരെ നീ വിശുദ്ധീകരിച്ചു ഒരുക്കുന്നതിനായി സ്ത്രോത്രം മഹത്വം അറുക്കപ്പെട്ട കുഞ്ഞാടിന് മാത്രം യേശുവിൻ നാമത്തിൽ തന്നെ